ശിവശാന് ശിവശിവ ോത്രം മനസോത് വചോഹം സൗപാണസ് चक्षुषुतिरा प्रस्मकामृता भ മനസ്സിനെ കുറിച്ചാണ് പറയുന്നത് മനസ്സു മനസ്സ മനോയോ മനസ്സിന്റെ മനസ്സായിരിക്കും ആദ്യത്തെ മനസ് എന്റെ അർത്ഥം അന്ധകർണ അന്ധകർണത്തിന്റെ മനസ്സായിരിക്കും ിത്തം അഹങ്കാരം എന്നിങ്ങനെ അന്ധകരണത്തെ ാലായി വിഭജിച്ച് പറയും ഇവിടെ അതൊന്നും ഉദ്ദേശിക്കുന്നില്ല ഇവിടെ മനസ്സെന്ന് പറഞ്ഞാൽ അന്തൊക്കെ അതിന്റെ പ്രവൃത്തി ഭേദത്തെ ഒന്നും കണക്കിലെടുക്കുന്നില്ല അതുതന്നെയാണ് ആ ഒന്ന് തന്നെ സവിഷയ സങ്കല്പം വിഷയങ്ങളെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഉണ്ടാക്കുന്ന മനസ്സ് തന്നെ അധ്യവസായവും നിശ്ചയം മനസ്സിൽ നടക്കുന്ന എല്ലാത്തിനെയും എടുക്കും സ്മരണ അത് മനസ്സിൽ നടക്കുന്നു സങ്കല്പങ്ങൾ നടക്കുന്നു സംശയം അത് മനസ്സിൽ സംഭവിക്കുന്നു കൽപ്പനകൾ വരുന്നു നിശ്ചയം വരുന്നു ഇതെല്ലാം പ്രധാനമായി വരുന്നത് എന്താണോ ചൈതന്യ ജ്യോതിഷാദീപിത്വം ആ ചൈതന്യ ജ്യോതിഷിന്റെ ദീപ്തിയാണ് അതിൻ്റെ പ്രകാശം ആത്മചൈതന്യമാകുന്ന പ്രകാശം അതിൻ്റെ സാന്നിധ്യത്തിൽ മനസ്സ് പ്രവർത്തിക്കുന്നു അതിൻ്റെ പ്രകാശം മനസ്സിൽ വരുന്നു അന്തക്കുന്ന മന്ദരേണ ചൈതന്യജ്യോതിഷാണ് ചൈതന്യ ജ്യോതിഷിനെ കൂടാതെ ചൈതന്യത്തെ കൂടാതെ എന്തൊക്കെ ശേഷി അത് അതാണ് ഇവിടെ രണ്ട് എണക്കിന് പ്രധാനമായും പറഞ്ഞത് ഒന്ന് പ്രാണൻ മറ്റൊന്ന് മനസ്സ് പ്രാണന്റെ സ്പന്ദനം മനസ്സിന്റെ സ്ഫുരണം അത് രണ്ട് ശരീരത്തിൽ എവിടെന്നായി ചൈതന്യം പെട്ടെന്ന് നമ്മൾ പറയാം അത് ാണൻ ഉള്ളതുകൊണ്ട് ശരീരത്തിൽ ചൈതന്യം വരുന്നു പ്രാണൻ പോകുമ്പോൾ ശരീരത്തിൽ ചൈതന്യം നഷ്ടപ്പെടുന്നു എന്ന് പറയും അത് പൂർണ്ണമായും ശരിയല്ല കാരണം ചൈതന്യം പ്രാണധർമ്മമാണ് ചൈതന്യം അന്തകരണത്തിന്റെ ധർമ്മമാണ് അന്ധകരണത്തിന്റെ സ്മരണമാണ് ചൈതന്യം പ്രാണധർമ്മമാണ് ക്രിയ പ്രവൃത്തി അത് സൂക്ഷ്മമായ സ്പന്ദനത്തിൽ തുടങ്ങി കൈകാലങ്ങളുടെ ശരീരത്തിന്റെ ചലനം വരെ എത്തിച്ചേരുന്നു അല്ല പ്രാണധർമ്മം ചൈതന്യം തത്വത്തിലൊന്നു തന്നെ ഇത് രണ്ടും എന്നുമ്പോൾ പറഞ്ഞു പ്രാണനും മനസ്സൊന്നു തന്നെ പക്ഷെ അതിന്റെ പ്രവൃത്തി ഭേദമനുസരിച്ച് രണ്ടായി വരുന്നു ഒന്ന് സ്ഫുരണമായി അത് നമ്മൾ പറയുന്നു ബോധസ്ഫിരിക്കുന്നു പറയുന്നു പ്രാണൻ സ്പന്ദിക്കുന്നു എന്ന് പറയുന്നു ഈ രണ്ട് തരത്തിൽ യോജിച്ച് പ്രവർത്തിക്കുന്നു ആ ചൈതന്യസ്ഫുരണം അത് ആത്മചൈതന്യത്തിന്റെ സാന്നിധ്യത്തിലാണ് മനസ്സിൽ വരുന്നത് അത് കർണങ്ങളിലേക്ക് വ്യാപിക്കുന്നു കർണങ്ങൾ ചൈതന്യവത്തായിത്തീരുന്നു കർണങ്ങൾ ചൈതന്യവത്താകുന്നോണ്ട് കണ്ണുകൊണ്ട് കാണുന്നു ചെവി കൊണ്ട് കേൾക്കുന്നു ശരീരം ചൈതന്യവത്താകുന്നോണ്ട് ശരീരത്തിലൂടെ സുഖം വേദന തുടങ്ങിയ വികാരങ്ങൾ ശരീരം ഉപാധിയിലൂടെ അറി ചൈതന്യവത്താകുന്നുണ്ട് അത് പ്രാണവത്താകുന്നോണ്ട് ചലിക്കുന്നു സ്പന്ദിക്കുന്നു അത് രണ്ടും ജീവന്റെ മുഖ്യവ്യാപാരങ്ങൾ എന്ന് പറയുന്ന ഇതിനെ രണ്ടിനെ സ്ഫരണവും സ്പന്ദനവും ജീവന്റെ മുഖ്യവ്യാപാരം അതിനോടനുബന്ധിച്ചാണ് വരുന്നത് മറ്റു ഇന്ദ്രിയ വ്യാപാരങ്ങൾ എല്ലാം അതുവെച്ച് തന്നെ വളരെ വ്യക്തമായി മനസ്സിലാക്കാം ഈ ശരീരത്തിൽ പ്രാണസാന്നിധ്യം പോലെ തന്നെ ചൈതന്യ സാന്നിധ്യവും ഉണ്ട് ആ ചൈതന്യ സാന്നിധ്യം അതെവിടെ നിന്നാണ് വരുന്നത് അത് ആത്മാവിൽ നിന്നാണ് മനസ്സെന്ന് പറയാൻ വയ്യ പ്രാണസാന്നിധ്യം അതെവിടെ നിന്ന് വരുന്നു അത് അമൂലപ്രകൃതി സ്പന്ദനം മൂലപ്രകൃതിയുടെ സ്പന്ദനത്തിൽ നിന്നാണ് കോലാഹലങ്ങളെല്ലാം ഉണ്ടാകുന്നത് തന്മാത്രകൾ അല്ലെങ്കിൽ പ്രപഞ്ചം വരെയുള്ള സർവ്വവും ശരീരം മനസ്സ് ഇന്ദ്രിയങ്ങൾ സർവവും ആ മൂലപ്രകൃതിയുടെ സ്പന്ദനത്തിൽ നിന്നുണ്ടാകുന്നു അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതെല്ലാം മായ ഇതെല്ലാം ഉണ്ടാക്കി കാണിക്കുന്നു മയ പ്രകൃതി സുയദേശരാചരം ഭഗവാൻ ഗീതി പറഞ്ഞിട്ടുണ്ട് ആത്മാവ് അധ്യക്ഷനായിരിക്കുന്നു അവിടെ പ്രകൃതി അതിനെയെല്ലാം സൃഷ്ടിക്കുന്നു സൃഷ്ടി എന്ന് പറയുന്നത് എന്താണ് സ്പന്ദനമാണ് മൂലപ്രകൃതിയുടെ സ്പന്ദനം അതിന് ചൈതന്യത്തിന്റെ സാന്നിധ്യം വേണല്ലേ ഈ സാധ്യത ചൈതന്യ സാന്നിധ്യത്തിൽ പ്രകൃതിക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും അത് തന്മാത്രകളുടെ തലത്തിൽ അത് ഏകമായിട്ടിരിക്കുന്നു അത് സ്ഥൂലമാകുന്നതിനനുസരിച്ച് രണ്ടായി പിരിയുന്നു ഒന്ന് അന്ധകരണമായും മറ്റൊന്ന് പ്രാണനായും പ്രവർത്തിക്കുന്നു അതുകൊണ്ടാണ് ജീവന്റെ മുഖ്യവൃത്തി അന്ധകരണവും പ്രാണനും സ്ഫുരണവും സ്പന്ദനവും പ്രധാനപ്പെട്ട കാര്യമാണ് അവർ നീന്ത ബുദ്ധി മനസ്സ് ഏകീകൃത നിർദ്ദേശവും മനസ്സ് ഇവിടെ അതിനെ വേദനിക്കാതെ ഒന്നാക്കി പറഞ്ഞു എല്ലാം മനസ്സിൻ്റെ പ്രവർത്തനമാണ് മനസ്സ് തന്നെ ബുദ്ധിയും മനസ്സെന്നുള്ള രീതിയിൽ മാത്രമല്ല പ്രവർത്തിക്കുന്നു മനസ്സ് ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ശരീരത്തിൽ ഇരിക്കുകയെന്ന് വെച്ചാൽ ശരീരത്തോട് ബന്ധപ്പെട്ടുകൊണ്ട് ശരീരം സ്ഥൂല ശരീരമല്ല മനസ്സിൻ്റെ മുഖ്യ ആധാരം മനസ്സിൻ്റെ അധിഷ്ഠാന സൂക്ഷ്മ ശരീരം എന്നാലത് സ്ഥൂല ശരീരത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്ഥൂല ശരീരത്തോടത് ബന്ധപ്പെടുന്നു ഒരു ബഹുനില ഘട്ടത്തിൽ ഒരാൾ താമസിക്കുന്നു ആണ് ഈ മനസ്സ് ഈ ശരീരത്തിലിരിക്കുന്നത് അത് ഏറ്റവും സ്ഥൂലമായ ഏറ്റവും പ്രാഥമികമായ അതിൻ്റെ പ്രവർത്തനമാണ് ജാഗ്രത് ഈ ജാഗ്രത അനുഭവം അതേറ്റവും പ്രകടമാണ് ഏറ്റവും സ്ഥൂലമാണ് ഏറ്റവും വ്യക്തമാണ് അതാണ് ജാഗ്രത എന്ന് പറയുന്നത് അത് മനസ്സിൻ്റെ പ്രവർത്തനം തന്നെ അത് ഏറ്റവും താഴ്ത്തന്നല്ല എൻ്റെ മേനത്തിൽ തന്നെ ഇടയ്ക്ക് വരുമ്പോൾ ഒന്നാം ഇടയ്ക്ക് വരുമ്പോൾ കുറച്ചുകൂടി അത് ഈ സ്ഥൂലത്തിൽ നിന്ന് ഈ വ്യക്തതയിൽ നിന്നത് മാറുമ്പോൾ കുറച്ചുകൂടി സൂക്ഷ്മമാകുമ്പോൾ അത് സ്വപ്നമായി അതിന്നും ഒരു നില കൂടി മേളോട്ട് കയറും മൂന്നാമത്തെ നിലയിലെത്തുമ്പോൾ അത് സുശക്തിയായി കുറച്ചുകൂടി അതിനടുത്തൊരു നിലയിലേക്ക് ചെല്ലുമ്പോൾ അത് മൂർച്ച അർദ്ധസുഷക്തി മനസ്സിൻ്റെ ഒരവസ്ഥയാണ് ജാഗ്രത സ്വപ്നം സുശക്തി അർത്ഥ സുശുതി അതിൻ്റെ മുകളിലുള്ള നിലയിലേക്ക് കയറുമ്പോൾ എന്നുവെച്ചാൽ അകന്നകന്നു പോകുമ്പോഴേ ബാഹ്യമായി വ്യക്തതയിൽ നിന്നും ബാഹ്യമായ സ്ഥൂലതയിൽ നിന്നും അകന്നകന്നു പോകുമ്പോൾ പിന്നെ അത് സമാധി സമാധിയിലെത്തിക്കഴിഞ്ഞാൽ മനസ്സിന് ഒരു നിലയല്ല പല നിലകളാണ് അതാണ് സവികല്പം നിർവികൽപം സവിചാരം നിർവിചാരം സബീജം നിർബീജം സമാധിഭേദങ്ങൾ എത്രയോ സമാധി ഭേദങ്ങൾ ഇതെല്ലാം ഇതിൻ്റെ ബഹുനിലകളാണ് മനസ്സിൻ്റെ പല പല പല അവസ്ഥകളാണ് സമാധി എന്ന് പറയുന്ന മനസ്സിൻ്റെ അവസ്ഥ തന്നെയുള്ളൂ യോഗാഗ്രമായ മനസ്സിൻ്റെ അവസ്ഥയാണ് അതിൽ കവിഞ്ഞതിലൊന്നുമില്ല പക്ഷെ അത് ഈ സ്ഥൂലമായ ജാഗ്രത അനുഭവത്തെ അപേക്ഷി നോക്കുമ്പോൾ അത് വളരെ മഹത്വം ഉള്ളതാണ് ഈ ആത്മചൈതന്യത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിന് വിശേഷതയൊന്നുമില്ല അതിന്റെ സാന്നിധ്യത്തിൽ മനസ്സ് ഇങ്ങനെയെല്ലാം പ്രവർത്തിക്കുന്നു ശരീരത്തിൽ അതിൻ്റെ സാന്നിധ്യം വരുമ്പോൾ നമ്മളത് ശരീരത്തിൽ ചൈതന്യമുണ്ടെന്ന് പറയും ആ ശരീരത്തിന്റെ ശരീരത്തിലുള്ള മനസ്സിന്റെ സാന്നിധ്യത്തെ ആസ്പദമാക്കിയിട്ടാണ് ചോദിക്കുന്നത് മനസ്സിനെന്ത് പ്രേരിപ്പിച്ചിട്ടാണ് അത് വിഷയങ്ങളിലേക്ക് പ്രവർത്തിക്കുന്നത് അതിന് പറഞ്ഞു അത് മനസ്സിൻ്റെ മനസ്സാണ് മനസ്സിൻ്റെ മനസ്സായിരിക്കുന്ന ആത്മചൈതന്യമാണ് സ്വരൂപ ചൈതന്യമാണ് യോ യസ്മാോത്ര സമ്മോത്രോത്രം യസ്മാചന അർത്ഥം ലഭ്യത എത്തുന്നു എസ്മാ പഞ്ചമി അർത്ഥത്തിൽ ശ്രോത്രത്തിന്റെ ശ്രോത്രമായിരിക്കുന്നത് യദ്വാചോഹവാചം വാക്കിന് വാക്കായിരിക്കുന്നത് അതുപോലെ അവിടെ ഉദ്ദേശിക്കുന്നത് എത്രയേ ഉള്ളൂ വാക്കിനേതൊന്നാണ് ശക്തി പകരുന്നത് ശ്രോത്രത്തിന് ഏതൊന്നാണ് ശക്തി പകരുന്നത് എന്തുകൊണ്ടാണ് വാക്കിന് വചിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് ശ്രോത്രത്തിന് ശ്രമിക്കാൻ കഴിയുന്നത് അതങ്ങനെ എടുത്തു പറയുന്നത് നമ്മളോട് ചോദിച്ചാൽ പെട്ടെന്ന് ഉത്തരം പറയും അത് മനസ്സാണ് മനസ്സുള്ളത് കൊണ്ട് അത് പ്രവർത്തിക്കുന്നു മനസ്സില്ലെങ്കിൽ പ്രവർത്തിക്കുന്നില്ല അത് വളരെ വ്യക്തമാണ് ശുശ്രയിൽ ശ്രോത്രേന്ദ്രിയും പ്രവർത്തിക്കുന്നില്ല വാക്കവിടെ പ്രവർത്തിക്കുന്നില്ല മൂർച്ചയിൽ ബോധം ബോധം കെടുത്തുമ്പോൾ അല്ലെങ്കിൽ ബോധക്കേട് സംഭവിക്കുമ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്തുകൊണ്ടും മനസ്സില്ല ഇതെല്ലാം കാരണം മനസ്സാണ് അല്ലെങ്കിൽ ഒന്നുകൂടി കിടന്നിട്ട് പറയാൻ പ്രാണനാണ് ഈ ശരീരത്തിൽ പ്രാണനുള്ള പ്രയേ ഉള്ളൂ കാരണം ഉറങ്ങാൻ കിടക്കുന്നു അവിടെ വാക്കും ശ്രോത്രേന്ദ്രിയും പ്രവർത്തിക്കുന്നില്ല മനസ്സില്ല പക്ഷെ പ്രാണനുണ്ട് ഉറങ്ങിക്കിടക്കുന്നുവെന്നും പ്രാണൻ പ്രവർത്തിക്കുന്നു കാണുന്നുണ്ട് പ്രാണന്റെ വ്യക്തമായ അനുഭവം കാണുന്നവർക്കുണ്ട് അതുകൊണ്ട് മനസ്സുമല്ല പ്രാണനാണ് പക്ഷെ പ്രാണൻ ഉണ്ടെങ്കിലും പ്രവർത്തിക്കുന്നില്ല പ്രാണനോട് സജീവമായിരുന്നിട്ടും ഒരിന്തിരിയും പ്രവർത്തിക്കുന്നില്ല പിന്നെ ബോധം കെടുത്തുമ്പോഴോ മൂർച്ഛ അവിടെയും പ്രാണനുണ്ട് പ്രാണൻ പോകുന്നുണ്ട് പ്രാണൻ പോയാൽ പിന്നെ തിരിച്ചു വരത്തില്ല പക്ഷെ പ്രാണമുണ്ടായിരുന്നിട്ടും ഇതൊന്നും പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ടൊരു പ്രാണനല്ല ഇതെല്ലാം പ്രവർത്തിക്കുന്നതിന് കാരണം മനസ്സാണ് എന്ന് പറയാം അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞതല്ല മനസ്സിൻ്റെയും മനസ്സാണ് അപ്പോൾ വാക്കിൻ്റെ വാക്കായിരിക്കുന്നത് മനസ്സല്ല ശ്രോത്രത്തിന്റെ ശ്രോത്രമായിരിക്കുന്നത് പ്രാണനോ മനസ്സോ അല്ല മറിച്ച് അത് ആത്മചൈതന്യം തന്നെയാണ് അതുകൊണ്ടാണ് അതിനെ ഓരോന്നിനും വേറിട്ടെടുത്ത് പറയുന്നത് ഇല്ലെങ്കിൽ ഇതെല്ലാം ചെന്ന് മനസ്സിൽ നിൽക്കുന്നു അങ്ങനെ പറയുന്നവരുണ്ട് മനസ്സാണ് ആത്മാവ് എന്ന് പറയുന്നവരുണ്ട് മനസ്സാണ് സർവത്തിനും കാരണമായിരിക്കുന്നത് അദ്വൈതികളും അങ്ങനെ പറയും മനോമാത്രമില്ലെന്ന് സർവം മനസ്സാണ് സർവത്തിനും കാരണമായിരിക്കുന്നത് പക്ഷെ അവിടെ മനസ്സെന്ന് പറഞ്ഞാൽ ശബ്ദത്തിന്റെ അർത്ഥം ആത്മാവെന്നാണ് സാധാരണ അന്ധക്കരണമെന്നുള്ള അർത്ഥത്തിലല്ല ചിലടത്ത് പറയും എന്താണ് പ്രാണനാണ് സർവത്തിനും കാരണമായിരിക്കുന്നത് പ്രാണനാണ് സർവത്തെ സൃഷ്ടിക്കുന്നത് പ്രാണനിൽ നിന്നാണ് സർവമുണ്ടായിരിക്കുന്നത് എന്ന് അദ്വൈതികൾ തന്നെ പറയും അവിടെ എന്താ പ്രാണശബ്ദത്തിന്റെ അർത്ഥം ആത്മാവ് അപ്പം മനസ്സ് പ്രാണൻ തുടങ്ങിയ ശബ്ദങ്ങൾ ആത്മാവെന്നുള്ള അർത്ഥത്തിന് ഉപയോഗിക്കും ഇവിടെ അങ്ങനെയല്ല ഇവിടെ മനസ്സ് മനസ്സ് തന്നെ തന്നെ ഇത് രണ്ടിനും അല്ല ഈ ഇവയുടെ പ്രവർത്തനത്തിന് കാരണമായിരിക്കുന്നത് മനസ്സ് പ്രവർത്തിക്കുന്നിടത്തും ചിലപ്പോൾ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കാതിരിക്കും അങ്ങനെയാണ് അങ്ങനെയും വരാം ോധം കെട്ട് കിടങ്ങുമ്പോൾ ചില ബോധക്കേട് പലതരത്തിലും വരാം ബോധം കെടുത്തുന്നത് തന്നെ പലതരത്തിലാണ് ചിലപ്പോൾ മനസ്സിൽ ഓർമ്മ കാണും പക്ഷെ വേദന അറിയത്തില്ല ചിലപ്പോൾ മനസ്സിൽ ഓർമ്മ കാണത്തില്ല വേദനയും അറിയത്തില്ല ഡോക്ടർമാർ പലതരത്തിൽ ബോധം കെടുത്തു ചില സമയത്ത് അവിടെ മനസ്സ് പ്രവർത്തിക്കും ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കത്തില്ല അങ്ങനെയൊക്കെ സംഭവിക്കും കാരണം അവിടെയെല്ലാം മനസിന്റെ സംവേദനത്തിനുള്ള വഴികളെ അടക്കുക ചെയ്യുന്നു തലച്ചോറിന്റെ വിവിധ പ്രവർത്തനങ്ങളെ മന്തി ഭവിപ്പിക്കുന്നു അല്ലെങ്കിൽ അതിന്റെ സംവേദന മാർഗങ്ങളെ അടയ്ക്കും ബന്ധിക്കുന്നു അപ്പം മനസ്സും ഇന്ദ്രിയങ്ങളും തമ്മിലുള്ള ബന്ധം വേർപെട്ടുപോകും അപ്പം ചിലപ്പോൾ മനസ്സ് യും മനസ് പ്രവർത്തിക്കും മനസ്സ് പ്രവർത്തിക്കാതിരിക്കും മനസ്സ് നിൽക്കുന്ന ഇന്ദ്രിയങ്ങൾ നിൽക്കും നിൽക്കാതിരിക്കും ഇതൊക്കെ സംഭവിക്കാം അതെല്ലാം മനസ്സും ഇന്ദ്രിയവും തമ്മിലുള്ള ബന്ധം കൊണ്ടാണ് പക്ഷേ അതുകൊണ്ട് വാക്കിന് വാക്കായിരിക്കുന്നതും ശ്രോത്രത്തിന് ശ്രോത്രമായിരിക്കുന്നതും മനസ്സെന്ന് പറയാനും കഴിയില്ല പ്രാണനെന്ന് പറയാനും കഴിയില്ല മറിച്ചത് ആത്മചൈതന്യം തന്നെയാണ് മനഃശ്രോത്രോത്രം മുഖ്യമായതിനെ പറയും മുഖ്യമായ ഇന്ദ്രിയങ്ങൾ യസ്മാനസോ മന ഇത്യവും വാചോഹവാചം ഇത് ദ്വിദ്യ പ്രഥമാധ്യന വിവരണം ഇത് വാചോഹവാചം വാചോഹവാക് എന്നാ പറയേണ്ടത് വാക്കെന്ന് പറയുന്നത് പ്രഥമ വാചം വാക്ക് വാച വാച വാചം തിരിയാണ് ശ്രുതിയിലങ്ങനെയെല്ലാം പറയും അതിനും പല യുക്തികൾ പറയും എന്തു കൊണ്ട് പറഞ്ഞു വാക്യഭാഷത്തിൽ പറയും വാചമെന്ന് പറയാൻ ദോഷമൊന്നുമില്ല പശുമാർക്ക് വ്യാകരണത്തിൽ വലിയ നിർബന്ധമൊന്നുമില്ല അപ്പോൾ മൂഢന്മാർക്കാണെങ്കിൽ വ്യാകരണത്തിനും മറ്റും നിർബന്ധമുള്ളത് അതുകൊണ്ട് അവർ വാചമെന്നോ വാക്കെന്നോ പറയും വാചമെന്ന് പറഞ്ഞാലും അതിനൊരുദ്ദേശം എന്താണ് വാചം അതാണിവിടെ ദർശനീയമായിരിക്കുന്നത് ആത്മാവാരെ ദ്രഷ്ടവ്യഹ ശ്രോതവ്യോ മന്ദവ്യോ നിരുധ്യാസിതവ്യഹ ദർശനീയമായിരിക്കുന്നതാണ് ദർശനീയം ആയിരിക്കുന്നോണ്ട് അതിനെ കർമ്മമായി പറഞ്ഞു കാണേണ്ടത് അറിയേണ്ടത് സാക്ഷാത്കരിക്കേണ്ടത് അതുകൊണ്ട് വാചമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ വാക്ക് എന്ന് തന്നെ പറയാം അതിനൊന്നും ദോഷമില്ല താല്പര്യം മനസ്സിലാക്കിയാൽ മതി വ്യാകരണത്തിൽ കിടന്ന് തൂങ്ങിയിട്ട് കാര്യമില്ല അതുകൊണ്ട് പറയുന്നു വാചവാചമിത് ധി പ്രഥമാത്വേന വി പരിണമ്യത അങ്ങനെ മാക്കു വ്യാകരണത്തിൽ നിർബന്ധമുണ്ടെങ്കിൽ പ്രാണസ്യ പ്രാണിജി ദർശന അവിടെ എന്താണോ പ്രാണസ്യാണെന്നല്ല പറഞ്ഞത് പ്രഥമാന്തത്തിന് നിർദ്ദേശം ആയിരിക്കുന്നത് മുഖ്യമെന്നുള്ളതാണെങ്കിൽ പ്രഥമ ദർശനീയം എന്നുള്ളതാണേക്ക് ഗതിയെ പറഞ്ഞു എങ്ങനെ വേണോ മാറ്റം വ്യാകരണമെന്ന് പറയുന്നത് എങ്ങനെയും വ്യാഖ്യാനിക്കാമെന്നുള്ളതാണ് എങ്ങനെയും വിളച്ചൊടിക്കാമെന്നുള്ളതാണ് ഏത് ശരിയും തെറ്റാക്കാം എന്നുള്ളതാണ് ഏത് തെളിവ് ും ശരിയാക്കാമെന്നുള്ളതാണ് അങ്ങനെയുള്ളൊരു സാധനമാണ് അതുകൊണ്ട് ഭാഷകാരൻ പറയുന്നു അത് അങ്ങനെയും ചെയ്യാം വാചോഹവാചം ഇത്യത് അനുരോധിന പ്രാണസ്യ പ്രാണമിതി കസ്മാജീവനക്രിയെ എന്തുകൊണ്ട് തിരിച്ചാക്കി കൂടാ വാചോഹവാചം വ്യാകരണം പഠിച്ചിട്ടില്ലാത്തവർക്ക് ഇതൊന്നും രസകരമായ വിഷയമില്ല വ്യാകരണം അറിയാവുന്നവർക്ക് ഇതൊക്കെ രസകരമായ വിഷയമാണ് വാചവാചം എന്നുള്ളതിനനുസരിച്ച് പ്രാണന്റെ പ്രാണൻ ഇന്ന് എന്തുണ്ടാക്കിക്കൂട അതിന് ദിതി എന്തുകൊണ്ടാക്കൂടാണ പ്രാണന്ന പറഞ്ഞ എന്തുകൊണ്ടാണ് അവിടെ ദിദിയാക്കി കൂടാ അത് പറയുന്നു ബഹുവിനാം അനുരോധസയുക്ത ഒരു ന്യായം ഒരു ലൗകികന്യായം ബഹുവിനാം ഇവിടെയും പലതിനനുസരിച്ച് ഒന്നിനെ മാറ്റുക ഒന്നിനനുസരിച്ച് പലതിനെ മാറ്റണം ഇതൊരു ന്യായമാണ് കാരണം സാധാരണ യുക്തി വിചാരത്തിനും ന്യായത്തെ സ്വീകരിക്കണം ലൗകിക ന്യായത്തെ സ്വീകരിക്കണം ലൗകിക ന്യായങ്ങളിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ സ്വീകരിക്കും ഒന്നിനനുസരിച്ച് പലതിനെ മാറണോ അതോ പലതിനനുസരിച്ച് ഒന്നിനെ മാറ്റണം അപ്പോൾ സാറിന് നമ്മൾ എന്തു ചെയ്യും പലതിനനുസരിച്ച് ഒന്നിനെ മാറ്റും അതാണ് കാരണം ഒന്നിനനുസരിച്ച് പലതിനെ മാറ്റം എനിക്ക് വലിയ ഏത് കാര്യത്തിനും അതുകൊണ്ടാണ് ലൗകികന്യായോ എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് അപ്പം ഇവിടെ എന്താണ് വാചോഹ വാക്ക് എന്ന് ധരിച്ചുകൊണ്ട് അർത്ഥം പറയുന്നതാണ് എളുപ്പം ഇല്ലെങ്കിൽ എല്ലായിടത്തും മനസഹ മന അത് പ്രഥമേനും ദിതിയിൽ ഒരുപോലെ മാറ്റേണ്ട ആവശ്യം വരുന്നത് എല്ലായിടത്തും ദിതി ആയിട്ട് മാറ്റേണ്ടി വരുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല ശ്രോത്രസിത്രം അതും പ്രഥമേനും ദിതി ഒരുപോലെ വരും പക്ഷെ എല്ലാത്തിനേയും ദിതിയായി കൽപ്പിക്കണം അതോ പ്രഥമയായിട്ട് കൽപ്പിക്കണം ഇവിടെ പറയുന്നു ബഹുവിനാം അനുരോധ്യ യുക്തത്വം പലതിനനുസരിച്ച് ഒന്നിനെ മാറ്റുക ഒന്നിനനുസരിച്ച് പലതിനും മാറ്റണ്ട അതുകൊണ്ട് വാചോഹ വാചം എന്ന് പറഞ്ഞത് വാചോഹ വാക്ക് എന്ന് ധരിച്ചു കൊണ്ട് അർത്ഥം പറയുക വാചം വ്യത്യസ്ത വാഗിത്യേതാവത് വക്തവ്യം അങ്ങനെ പറഞ്ഞാൽ മതി വാചമെന്ന് പറഞ്ഞാൽ വാക്ക് എന്ന് മനസ്സിലാക്കുക വാഗേന്ദ്രിയത്തിന് വാക്കായിരിക്കുന്നത് സൗ പ്രാണസീ ശബ്ദ പ്രാണസ്യ പ്രാണം മനസോ മനഃത്രോത്രം എന്നെല്ലാം വന്നിട്ടുള്ളതനുസരിച്ച് ഭാഷാപരമായി അവിടെ പറഞ്ഞു തന്നെയാണ് അതങ്ങനെ വന്നുകഴിഞ്ഞാൽ പലതിനനുസരിച്ച് ഒന്നിനെ മാറ്റി എന്നുള്ള ലൗകിക ന്യായത്തെ പിന്തുടർന്നു എന്നുവരും അപ്പോൾ വ്യാഖ്യാനങ്ങൾ എപ്പോഴും പൊതുധാരണകളിൽ നിന്നും ഉണ്ടായിരിക്കും അല്ലാതെ ഒരാളുടെ കല്പന അനുസരിച്ച് സാധാരണ ചിന്തകളിൽ നിന്ന് ഘടകവിരുദ്ധമായിട്ട് കൽപ്പനകൾ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഗുണപാഠമാണ് ഇവിടെ തരുന്നത് ഇപ്പം ഞാൻ ആചാര്യനാണ് എനിക്ക് തോന്നിയതുപോലെ വ്യാഖ്യാനിക്കും അങ്ങനെ ആയാലും പറയാൻ പാടില്ല പൊതുസമ്മതമായ കാര്യങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് പുതിയ കാര്യങ്ങൾ അവതരിപ്പിക്കുക അതിനെല്ലാം നിഷേധിച്ചിട്ടല്ല പുതിയൊരു കാര്യത്തെ അവതരിപ്പിക്കേണ്ടതാണ് ഭാഷകാരം വാസ്തവത്തിനവിടെ അവതരിപ്പിക്കുന്ന കാര്യം പുതിയ കാര്യമാണ് ദാർശനികന്മാരുടെ ഇടയിൽ ഇത് പുതിയ കാര്യമാണ് അദ്വൈതം അദ്വൈതശ്രുതികളിൽ ഉള്ളതാണെങ്കിലും അദ്വൈതമെന്നുള്ള രീതിയിൽ അത് ഒരു കാര്യം വ്യാഖ്യാനിച്ചിട്ടില്ല ഈ ഉപനിഷത് ഭാഗങ്ങളെല്ലാം അർത്ഥവാദവാക്യങ്ങളായിട്ടാണ് എടുത്തിരുന്നത് മീമാംസകരും മറ്റും ഇതിൽ നിന്നും അദ്വൈതത്തെ കണ്ടെത്തി ആശയം അന്നത്തെ കാലഘട്ടത്തിൽ ഇത് പുതിമയുള്ളതായിരുന്നു അങ്ങനെ പുതിയൊരാശയത്തെ പറയുമ്പോഴും പൊതുധാരണകളിൽ നിന്നുകൊണ്ട് വ്യാഖ്യാനിക്കുക ആൾക്കാർ മനസ്സിലാക്കുക അതിനു വേണ്ടിയിട്ടാണ് ഈ ന്യായങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് പൃഷ്ടിച്ച വസ്തു പ്രഥമൈവ നിർദ്ദിഷ്ടം യുക്തം ഒരു കാര്യം നമ്മൾ ചോദിക്കുമ്പോൾ മറുപടി പറയുന്ന എപ്പോഴും പ്രഥമയിലായിരിക്കും അതിനറിയാൻ വേണ്ടി ചോദിച്ച ഇതെന്താണ് അന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുസ്തകം മേശ പുഷ്പം ഫലം എന്നെല്ലാം മറുപടി പറയുന്നത് പ്രഥമയിലാണ് വസ്തു നിർദ്ദേശിക്കുന്ന പ്രഥമയിലാണ് അതുകൊണ്ട് ഇവിടെയും പ്രഥമഭക്തി സ്വീകരിച്ച അർത്ഥം മനസ്സിലാക്കണം അപൃഷ്ട പ്രാണഹ പ്രാണാഖ്യവൃത്തിവിശേഷ എന്താണ് നിങ്ങൾ ചോദിച്ചത് എന്താണോ ആ പ്രാണൻ എന്ന് പറയുന്നത് വൃത്തിവിശേഷം പറഞ്ഞല്ലോ അത് തന്മാത്രകളുടെ സ്പന്ദനമാണ് അല്ലെങ്കിൽ മൂലപ്രകൃതിയുടെ ചേഷ്ടയാണ് അതാണ് ആ പ്രാണൻ അതുകൊണ്ടാണ് പറഞ്ഞത് എന്താണത് പ്രാണസ്യ പ്രാണൻ എന്ന് പറഞ്ഞത് പ്രാണാസ്യവൃത്തിവിശേഷം അതിന്റെ പ്രാണൻ പ്രാണന് ഒരു സാമർഥ്യമുണ്ടല്ലോ പ്രാണന്റെ സാമർഥ്യം എന്താണ് സ്പന്ദിക്കുന്നതിനുള്ള സാമർഥ്യം അത് സ്പന്ദിക്കുക മാത്രമല്ല ആ സ്പന്ദനം അതിങ്ങനെ വ്യാപിച്ച് സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലമായി സ്ഥൂലബോധങ്ങളിലേക്ക് വ്യാപിച്ച് അത് മൊത്തം നിലനിർത്തുന്ന ശക്തിയായി മാറും ഊർജമായി മാറുന്നു അവന്റെ രൂപാന്തരത്തിൽ ഈ ആ പ്രാണൻ തന്നെ ഈ ആ പ്രാണന്റെ ഖനീഭൂതമായ രൂപമാണ് ഈ പ്രപഞ്ചം ഈ ബാഹ്യമായ കാണുന്ന ശബ്ദസ്പർശ രൂപരസന്ധങ്ങൾ അതിസൂക്ഷ്മമായിരിക്കുന്ന ശബ്ദസ്പർശരൂപരസഗന്ധ തന്മാത്ര ആ തന്മാത്രകളാണ് അതിലാണ് ഈ പ്രാണന്റെ സ്പന്ദനം അതിന്റെ സൂക്ഷ്മ സ്പന്ദനം പ്രകൃതിയുടെ സ്പന്ദൻ അത് തന്നെ ഗുണങ്ങളായി സ്പന്ദിക്കുന്നു സത്വരജസ്തമോ ഗുണങ്ങളായി സ്പന്ദിക്കും അടുത്തത് തന്മാത്രകളായി സ്പന്ദിക്കും ആ സ്പന്ദനം അത് സ്ഥൂലമായി സ്ഥൂലമായി വരുന്നു വരുമ്പോൾ അത് സ്ഥൂലഭൂതങ്ങളായി അത് മുമ്പ് നമ്മൾ പറഞ്ഞു ആ തന്മാത്രകളിൽ ഒരു മിശ്രീകരണം സംഭവിക്കുന്നു അതിന് കാരണമായിരിക്കുന്ന എന്താണ് ഈ മൂലപ്രകൃതി മായാശക്തി അത് ഈ ബ്രഹ്മസാന്നിധ്യത്തിൽ സ്പന്ദിച്ച് മിശ്രീകരിച്ച് ആ പ്രാണസ്പന്ദനം സ്ഥൂലമായി സ്ഥൂലമായി അതുതന്നെ എന്തായി മാറി പഞ്ചമഹാഭൂതങ്ങളായി മാറി പഞ്ച പഞ്ചഭൂതങ്ങളായി മാറി പഞ്ചമഹാഭൂതങ്ങൾ പഞ്ചഭൂതങ്ങളായി മാറി അതാണ് നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ ഈ സ്ഥൂല ശരീരം ഉൾപ്പെടെയുള്ള പ്രപഞ്ചം തന്മാത്രകളാണ് ഈ രീതിയിലായി മാറിയിരിക്കുന്നത് പക്ഷേ എൻ്റെ രൂപാന്തര സംഭവിച്ചത് അത് പ്രപഞ്ചത്തിൽ സർവശക്തികളുമായി മാറി അതെല്ലാം ഈ മൂലപ്രകൃതിയുടെ അനന്തശക്തികളായി മാറി ഇതിനാണ് ഇവിടെ പ്രാണനം എന്ന് പറയുന്നത് അത് ഈ ശരീരത്തോട് ജീവനെ ബന്ധിപ്പിക്കുമ്പോൾ നമ്മളതിന് പ്രാണൻ എന്ന് പറയുന്നു അത് പ്രപഞ്ചത്തിൽ പ്രപഞ്ചരൂപത്തിൽ നിൽക്കുമ്പോൾ നമ്മളതിന് ഊർജം എന്ന് പറയുന്നു എവിടെ നിന്ന് ഈ ശക്തി വന്നു മൂലപ്രകൃതിയിൽ നിന്നും ഈ ശക്തി ആരംഭിച്ച് ഈ ബ്രഹ്മാണ്ടമായിത്തീരുന്ന ഇത് എവിടുന്ന് വന്നു പറയുന്നു അത് ആ സാന്നിധ്യത്തിൽ തത്കൃതം അതിൻ്റെ സാന്നിധ്യത്തിൽ ഇതിന് വന്നതാണ് ഇത് ഇതിവിടെ ചിന്തിക്കുന്നത് അത് നമ്മളെ സയൻസ് പഠിപ്പിക്കുന്ന അങ്ങനെ നമ്മൾ ധരിക്കണ്ട സയൻസിനെ വ്യാഖ്യാനിക്കുന്നു ആൾക്കാര് ഇതിനേക്കു വച്ചിട്ട് സയൻസിന് വ്യാഖ്യാനിക്കും ഇന്നത്തെ സയൻസിന് ഇന്നത്തെ സയൻസ് നമ്മുടെ പൂർവികന്മാര് പറഞ്ഞിട്ടുള്ള ഋഷിമാര് പറഞ്ഞിട്ടുള്ളതാണ് എന്നൊക്കെ പറയും അതൊക്കെ ഏറെക്കുറെ പൊങ്ങച്ചം പറച്ചിട്ടാണ് അതൊരു കാര്യൊന്നുമില്ല ഇന്നത്തെ സയൻസല്ല അന്നത്തെ സയൻസ് ഇത് ഇവിടെ ഇങ്ങനെ പറയുന്നത് ഇന്നത്തെ സയൻസുമായിട്ട് യാതൊരു ബന്ധമുണ്ടോ ഇതിവിടെ പറയുന്നത് കേവലം എൻ്റെ ചിന്തനത്തിന് വേണ്ടിയിട്ടാണ് കേവലം ധ്യാന മനനങ്ങൾക്ക് വേണ്ടി പറയുന്നതാണ് ഇത് ഉപയോഗിച്ച് മറ്റെന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടോ നമ്മൾ സയൻസ് അങ്ങനെ അത് പ്രായോഗികമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് പഠനം നടത്തുന്നു ഓരോ നിരീക്ഷണങ്ങൾ എത്തിച്ചേരും പിന്നെ അതിനുപയോഗിക്കുന്നു മനുഷ്യന് ഉപയോഗിക്കാന്നുള്ള പല കാര്യങ്ങളും അതുകൊണ്ട് ഉണ്ടാക്കുന്നു ഇത് അതിന് വേണ്ടിയിട്ടുള്ള ഇത് പറയുന്നത് കേവലം ധ്യാനത്തിന് വേണ്ടി മനനത്തിന് വേണ്ടി സയൻസ് അതിനു വേണ്ടിയിട്ടുള്ള മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ളത് ഇത് മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത് സമാധിക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതിന് വേണ്ടിയിട്ടാണ് ഈ ഇത് എവിടെ നിന്ന് ആരംഭിച്ചത് ഇത് ഇഷ്ടൂലെ ശരീരം വരെ ഇത് എങ്ങനെ എത്തിച്ചേർന്നു ഇത് തിരിച്ച് എങ്ങോട്ട് പോകുന്നു എവിടെ എത്തിച്ചേരുന്നു അധ്യാരോപം അപവാദം കേവലം മനനത്തിനു വേണ്ടി മാത്രം ഇതെങ്ങനെ വരുന്നു എന്ന് മനസ്സിലാക്കുന്നതാണ് അധ്യാപകം ഇതെങ്ങനെ അവസാനിപ്പിക്കാം എന്ന് ചിന്തിക്കുന്നത് അപവാദം ഇതിലുണ്ട് കേവലം മാനസികമായ ഒരു ചിന്താ രീതി ഒരു പ്രക്രിയ അതിനപ്പുറം ഇതിലും യാതൊരു വസ്തുസ്ഥിതിയില്ല കാരണം അദ്വൈതത്തെ സംബന്ധിച്ച് അദ്വൈതത്തിനെ സംബന്ധിച്ച് ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള നിലപാടെന്താണിത് അവാസ്തവം പരമാർത്ഥമല്ല പരമാർത്ഥമായിരിക്കുന്ന ചൈതന്യം മാത്രം അപ്പോൾ പരമാർത്ഥമല്ലാത്ത ഇതിനെ കൊണ്ട് വേറെ ഒന്നും നേടാനല്ല മറ്റൊന്നും നേടിയെടുക്കാനല്ല പിന്നെ ഈ പരമാർത്ഥമല്ലാത്ത ഈ അനുഭവം ഈ അനുഭവത്തെ നിഷേധിക്കാൻ അതിനുവേണ്ടി മാത്രമാണ് അതിനുവേണ്ടി മാത്രമാണത് ചിന്തിക്കുന്നത് ഇതിന് രണ്ടാമതൊരു പ്രയോജനമേ ഇല്ല ഇത് അതുകൊണ്ട് അധ്യായോപ അപവാദ ന്യായങ്ങളിലൂടെ ചിന്തിക്കുന്നതാണീ പറയുന്നത് ഇതെവിടെ വരുന്നു മൂലപ്രകൃതി അവിടെ തന്മാത്രകൾ അവിടെ പ്രാണൻ ഇവിടെ നിന്ന് സ്ഥൂല പ്രപഞ്ചം ഇങ്ങനെ വരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് ചിന്തിക്കുന്നു ചിന്തിച്ചത് ഇവിടെ എത്തിച്ചേരുന്നു ഈ കാണുന്നതിനൊരു സമാധാനം ഇത് ഒരു അധ്യാരപം മാത്രമാണ് നമ്മൾ മുമ്പ് മാണ്ഡവ്യത്തിൽ ചർച്ചയാണ് അത് തുര്യന്റെ കല്പനയാണ് തുരിയ ദൃഷ്ടിയില് സംഭവിക്കുന്നതാണ് മറച്ച് ഇതെല്ലാം അവിടെ തന്നെ അവസാനിക്കും അപവാ ഇങ്ങനെ രണ്ട് തരത്തിൽ തിരിച്ചും മറച്ചു ഇതിനെ ധ്യാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് ഇവിടെ ഒരു സയൻസ് ഇവിടെ പഠിപ്പിക്കുന്നു അതുകൊണ്ടാണ് ഇവിടെയും പറയുന്നത് ഈ പ്രാണന സാമർഥ്യം ഈ സൃഷ്ടി സാമർഥ്യം ഇതാ ചൈതന്യ സാന്നിധ്യത്തിൽ സംഭവിക്കുന്നതാണ് ആത്മന അനധിഷ്ഠിദ്യ പ്രാണനം ഉപത്തി ചൈതന്യ സാന്നിധ്യമില്ലെങ്കിൽ പിന്നെ ഇവിടെ ഇതെല്ലാം നടക്കും ഇവിടെയാണ് നടക്കുന്നത് അത് പറയും പ്രാണനെന്നോ മനസ്സിലോന്നോ ഒന്നും പറയാൻ വയ്യ കാരണം അറിയാമല്ലോ മനസ്സ് പോകുന്നിടത്തും എല്ലാം അവസാനിക്കുന്നില്ല നമുക്ക് വേണമെങ്കിൽ പറയാം മരണത്തിലെല്ലാം അവസാനിക്കുന്നു പറയാം മരണത്തിൽ എല്ലാം അവസാനിക്കുന്നു എന്നെന്തുകൊണ്ടാണ് പറയുന്നത് അവിടെ മനസ്സില്ല അവിടെ പ്രാണനില്ല അതുകൊണ്ടാണ് പ്രാണൻ ഉണ്ടോ ഇല്ലയെന്നു പറയണമെങ്കിൽ മനസ്സ് വേണം മനസ്സില്ലാത്തോണ്ട് നമ്മൾ പറയുന്നു പ്രാണനില്ലെന്ന് അപ്പൊ മരണത്തിൽ എല്ലാം അവസാനിക്കുന്നു പറയുന്നതിന് പ്രധാന കാരണം എന്താണ് മനസ്സില്ലാത്തോണ്ടാണ് മരിച്ചവനും മനസ്സില്ല അതിൽ ആർക്കും വിവാദമില്ല പക്ഷെ മനസ്സില്ലാത്തോണ്ട് ഇതില്ലെന്ന് പറയാൻ പറ്റും പറ്റത്തില്ല ാതിരുന്നിട്ടും വീണ്ടും ഇത് വീണ്ടും ഇത് തിരിച്ചു വരും അപ്പൊ മനസ്സില്ലാത്തോണ്ട് ഇത് അവസാനിക്കുന്നു ഇല്ലെങ്കിൽ മരുന്ന് കൊടുത്ത് മയക്കുമ്പോ മരുന്ന് കൊടുത്ത് മയക്കുമ്പോ ഇതൊന്നുമില്ല അത് കുറച്ചുകൂടി സ്പഷ്ടമാണ് ഉറക്കത്തെക്കാൾ കുറച്ചുകൂടി സ്പഷ്ടമാണ് കാരണം ഉറക്കത്തിൽ ഇതൊന്നും ഇല്ലെങ്കിലും ആരെങ്കിലും വിളിച്ചാൽ ഉണരും ർശിച്ചുണലരും മയക്കും അങ്ങനെയല്ല ശരീരത്തെ രണ്ടായിട്ട് കീറിയിട്ട് കഴിഞ്ഞാൽ എത്ര തീവ്രമായ വേദന ശരീരത്തിന് അനുഭവപ്പെട്ടാലും അറിയാത്ത രീതിയിൽ അവിടെ മനസ്സ് നിശ്ചലമായി പോകും അങ്ങനെ മനസ്സ് നിശ്ചലമായിട്ടും ഇത് അവശേഷിക്കും എത്ര തീവ്രമായ വേദന പോലും അനുഭവപ്പെടാത്ത രീതിയിൽ മനസ്സ് ഉന്നയിച്ചിട്ടും ആണെങ്കിൽ മനസ്സ് പ്രവർത്തിക്കാതിരുന്നിട്ടും ശേഷിക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ഉണരാൻ കഴിയുന്നത് മനസ്സ് ഇല്ലാത്തത് കൊണ്ട് മനസ്സുകൊണ്ട് അറിയാത്തത് കൊണ്ട് ഇതൊന്നും ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല വീണ്ടും ശേഷിക്കുന്നുണ്ട് മനസ്സിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി നനച്ചിട്ട് ശേഷിക്കുന്നുണ്ട് എന്താണ് ചൈതന്യം ഇവിടെ ശേഷിക്കുന്നുണ്ട് ആ ചൈതന്യത്തെ ആശ്രയിച്ച് മനസ്സ് വീണ്ടും വരുന്നു അങ്ങനെയാണെങ്കിൽ മരണത്തിൽ മനസ്സുകൊണ്ടെന്ന് പറഞ്ഞില്ലെങ്കിലും വീണ്ടും ശേഷിക്കും ആ ശേഷിക്കുന്ന ചൈതന്യത്തെ ആശ്രയിച്ച് വീണ്ടും ഒരു ജാഗ്രത വരും വീണ്ടും ഒരു ജന്മം വരും ഒരു ജാഗ്രത എന്ന് പറയുമ്പോൾ ഒരു ജന്മം തരും അങ്ങനെയത് അങ്ങോട്ട് പോകുന്നു തിരിച്ചു വരും അധ്യായവും അവബാദവും ഇതിനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ജാഗ്രതയിലേക്ക് വരുന്നത് അധ്യായവുമായി തിരിച്ച് സുഷൃപ്തിയിലേക്ക് പോകുമ്പോൾ അപവാദമായി അല്ലെങ്കിൽ സമാധിയിലേക്ക് പോയാൽ അപവാദമായി അല്ലെങ്കിൽ ജാഗ്രതയിലിരുന്നു കൊണ്ട് തന്നെ ഇതിന് തത്വനിശ്ചയം വന്നാൽ അപവാദമായി അപവാദം വരുന്നതിൽ സമാധി പോകണമെന്നില്ല മയക്കണമെന്നില്ല സൃഷ്ടി പോകണമെന്നുമില്ല ഈ തത്വത്തെ ദർശിക്കുന്നവന് ജാഗ്രതയിൽ തന്നെ ഇതിൻ്റെ എല്ലാം അപവാദം സംഭവിക്കും അതാണ് മനസ്സ് ആത്മന അനധിഷ്ഠിത പ്രാണനോബിതേ അവന് മനസ്സിലാകുന്നതാണോ അപവാദം ദൃഷ്ടി അധ്യാരോപദൃഷ്ടി അധ്യാരോപദൃഷ്ടിയിലാണ് അജ്ഞനടിക്ക് അവന്റെ ദൃഷ്ടിയിൽ സർവരോപിതമായി നിലനിൽക്കുന്നു ആധ്യാരോപദൃഷ്ടിക്കാണ് സാനുദാഹരണം പറയുന്നത് എന്താണ് ചിതാകാശം ഒന്ന് പറയും ചിതാകാശം ചിത്ത് തന്നെ ആകാശമായിരിക്കുന്നു ആകാശത്തിൽ എന്തുണ്ട് ചന്ദ്ര താരകങ്ങള് മേഘങ്ങള് എല്ലാം ഉണ്ട് ഈ പ്രപഞ്ചം എന്തിന് ഈ പറയുന്ന നമ്മൾ നമ്മുടെ ശരീരം ഇപ്പോഴുള്ള സർവകാശത്തിലാണ് ഈ വീടും ആകാശത്തിലാണ് ഭൂമി ആകാശത്തിലാണ് ഈ സർവവും ഈ പ്രപഞ്ചമായി നമ്മൾ അനുഭവപ്പെടുന്ന ഈ ശബ്ദസ്പർശ രൂപ രഥങ്ങളെന്താണ് ആ ചിതാകാശത്തിലാണ് ഇത് ആരോപിത ദൃഷ്ടിയിൽ കാണുകയാണ് അറിയുന്നില്ല ഇത് ചിതാഘോഷത്തിൽ ആരോപിച്ചിരിക്കുകയാണെന്നറിയാം പക്ഷെ ഒന്നറിയാം ആകാശത്തിൽ മേഘങ്ങളും ഭൂമിയും നക്ഷത്രങ്ങളും സൂര്യചന്ദ്രന്മാരും ഉണ്ടെന്നുള്ളതറിയാം ആകാശത്തിന്റെ സ്ഥാനത്ത് ചിത്ത് തന്നെയാണെങ്കിൽ ഇവിടെ പറയുന്ന പത്മചൈതന്യം തന്നെയാണെങ്കിൽ അവിടെയാണിതെല്ലാം നിൽക്കുന്നത് ഇതാരോപിത ദൃഷ്ടി അതാരോപിതമാണെന്നറിയാതെ അവിടെ ഇതിനെല്ലാം കാണും ആകാശത്തും മേഘങ്ങൾ കാണുന്നതുപോലെ ബോധത്തിൽ പ്രപഞ്ചത്തെ കാണുന്നു ഞാൻ ആ ദൃഷ്ടാന്തം പറയുന്ന അതിന് വേണ്ടിയിട്ടാണ് ചിതാകാശം അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം പറയുന്ന ചിത്ത് സമുദ്രം വേറെ ദൃഷ്ടാന്തം പറയും ചിത്ത് തന്നെയാണ് സമുദ്രം ആ സമുദ്രത്തിൽ എന്തെല്ലാം ഉണ്ട് നിരകൾ മുളകൾ തരംഗങ്ങൾ തിരമാലകൾ എല്ലാം ഒരേ ചിത്തൽ ആരോപിതമായി പറയണം ആരോപിത ദൃഷ്ടി പറയ ഒരേ ചിത്തിന്റെ തന്നെ ഭാനമാണിത് അല്ലെങ്കിൽ സമുദ്രത്തിലെ തിരകളെ പോലെ ഒരേ ചിത്തിന്റെ തന്നെ പരിണാമമാണ് എന്ന് പറയാം ആരോപിതമായി എന്തും പറയാം പരിണാമം ഭാനമൊന്നോ എന്ന് പറയാം ആ ദൃഷ്ടാന്തത്തിൽ പറയുന്നു ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എന്ന് പറയും അതുപോലെ പ്രസിദ്ധമായ വേറെ ദൃഷ്ടാന്തം എന്താണോ ചിദ്ദർപ്പണം മറ്റുള്ള നിരവധി ദൃഷ്ടാന്തങ്ങളുണ്ട് അദ്ദേഹത്തിൽ ചിദ്ദർപ്പണം ചിത്തന്നൂർ എന്ന ദർപ്പണം പോലെയാണ് കണ്ണാടി പോലെയാണ് അതിൽ നിഴുതുപോലെ അനേക കാഴ്ചകൾ അതുതന്നെയാണ് ബോധത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പലതവണ ഇത് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ആരൂപത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ ആ വിഷയം വന്നുകൊണ്ട് പറയുന്നു ചിദ്ദർപ്പണത്തിൽ ൾ കാണുന്നു നാനാരൂപങ്ങൾ കാണുന്നു അവിടെയെല്ലാം ചലിക്കുന്നതും ചലനമറ്റതും കാണുന്നു ജീവനുള്ളതും ജീവനില്ലാത്തതും കാണുന്നു സർവവും കാണുന്നുണ്ടല്ലോ പ്രതിബിംബരൂപത്തിൽ അതുപോലെ ആരോപിതമായി സർവത്തെയും കാണുന്നു അപ്പോൾ ചിതാകാശമൊന്നോ സമിത് സമുദ്രമൊന്നോ ചിത് സമുദ്രമെന്നോ അല്ലെങ്കിൽ ചിദർപ്പണമെന്നോ ചിത് പ്രതിബിംബമൊന്നോ ഏത് രീതിയിൽ പറഞ്ഞാലും ശരി അവിടെയെല്ലാം ഈ ആരോപിത ദൃഷ്ടിയിൽ കാണുകയാണ് അപ്പം അവിടെയെല്ലാം എന്തുണ്ട് ഒരധിഷ്ഠാനമുണ്ട് ചിറ്റ് എന്ന് പറയുന്ന ഒരു അധിഷ്ഠാനമുണ്ട് അതിലാണ് ഈ പ്രാണനും മനസ്സും ഉൾപ്പെടെയുള്ള സർവവും നിൽക്കുന്നതല്ല ഇതൊന്നും മനസ്സിനെയോ പ്രാണനെയോ ആശ്രയിച്ച് നിൽക്കുന്നതല്ല അതില്ല എങ്കിൽ പിന്നെ നമുക്കൊന്ന് സങ്കല്പിക്കാൻ പയ്യാ കാരണം അതിൻ്റെ സാന്നിധ്യത്തിൽ ഈ മനസ്സ് സങ്കല്പിക്കുക അതില്ല എന്ന് സങ്കല്പിക്കാൻ പിന്നെ മനസ്സവിടെയില്ല സാന്നിധ്യത്തിലാണ് സങ്കല്പിക്കുന്നത് കണ്ണാടിയില്ലെങ്കിൽ പിന്നെ പ്രതിബിംബത്തെ സങ്കല്പിക്കാൻ വയ്യും സമുദ്രമില്ലെങ്കിൽ പിന്നെ തരംഗങ്ങളെക്കുറിച്ച് എങ്ങനെ സങ്കല്പിക്കും ആരാ സങ്കല്പിക്കുന്നു ആകാശമില്ല എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ മേഘങ്ങളെങ്ങനെ സങ്കല്പിക്കും ഈ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയൊക്കെ ആരും സങ്കല്പിക്കും അസാധ്യമായി തീരുന്നു ആരോപിതമായ ഇതെല്ലാം നിൽക്കുന്നു ആരോപിതമാണ് ഇതെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് വർണ്ണിക്കുന്നത് ഏത് സൂക്ഷ്മമായി ഇവിടെ പ്രാണൻ പ്രാണന്റെ പ്രാണൻ അവിടെ തുടങ്ങി ഇങ്ങനെ പറയുന്നു അല്ലാതെ നമ്മൾ ധരിക്കുന്ന പോലെ സയൻസിനെ ഇന്നത്തെ സയൻസിനെ വ്യാഖ്യാനിക്കുന്ന ഇന്നത്തെ സയൻസ് ആ ഒരു ദൃഷ്ടിയിലല്ല ഇന്നത്തെ സയൻസ് ഒരുപക്ഷെ അറിയാതെ അവർ അവിടേക്ക് എത്തിച്ചേർന്നെന്ന് വരാം പക്ഷെ അറിഞ്ഞുകൊണ്ട് അവരെന്താണ് ചെയ്യുന്നത് ഈ ഭൗതികമായ വസ്തുക്കളുടെ രഹസ്യം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക അല്ലാ ഭൗതികമായ വസ്തുക്കൾ എങ്ങനെ മനുഷ്യന് ഉപയോഗപ്രദമാക്കാമെന്നവർ പഠിക്കുകയാണ് ഇവിടാതെന്നും അങ്ങനെ ഒരു പദ്ധതി ഇവിടെ ഇവിടെ ഇതെങ്ങനെ ആരോപിതമാണെന്ന് മനസ്സിലാക്കാം എന്ന് ശ്രമിക്കുകയാണ് എങ്ങനെ ഇതിനെ അപവദിക്കാം നേടി നേടി എങ്ങനെ ഇതിനെ ഇവിടെ ഇതിന് മുഖ്യമായി ഇതിനാശ്രയമായിരിക്കുന്ന എന്താണ് വിവേകം ഭൗതിക സയൻസിനെ സംബന്ധിച്ച് മുഖ്യമായി നിൽക്കുന്ന എന്താണ് അവൻ്റെ കാമനകൾ ഏഷണകൾ ഇച്ഛ ആഗ്രഹങ്ങൾ ഇതിനെയൊക്കെ എങ്ങനെ പ്രയോജനപ്പെടുത്താം ഇവിടെ അങ്ങനെയല്ല യേശനത്യാഗം നേരത്തെ ഭാഷകാരൻ പറഞ്ഞത് ഏശനത്യാഗത്തിൽ നിന്നാണ് ഏഷണന്ന് വെച്ചാൽ ഇച്ഛ കാമനകൾ അതിൻ്റെ ഇല്ലായ്മയിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം കാമനകൾ ഒഴിവാക്കിയവനാണ് പിന്നെ ചിന്തിക്കുന്നത് ഇതിനെങ്ങനെ അപവദിക്കാം ഇവിടെ എന്താണ് അവൻ ആഗ്രഹിക്കുന്നത് മോക്ഷം അതായത് സ്വാതന്ത്ര്യം ഇതിൽ നിന്നെല്ലാം ഉള്ള സ്വാതന്ത്ര്യം ഈ അധ്യാരൂപത്തിൽ വിമുക്തി അതാണ് ഇവിടെ അദ്വൈതി ആഗ്രഹിക്കുന്നത് അതെങ്ങനെ സാധിക്കത്തുള്ളൂ ആന്തരികമായ ധ്യാന മനനങ്ങളിലൂടെ സാധ്യമാകും അതിന് ബാഹ്യമായി ഒന്നിനെ ആശ്രയിക്കേണ്ട കാര്യങ്ങൾ ഒരു പരീക്ഷണ നിരീക്ഷണങ്ങളും അവിടെ ആവശ്യമില്ല ഒരേ ഒരു ഉപകരണം മാത്രം മതി ഈ മനസ്സെന്ന് പറയുന്ന ഒരേ ഒരു ഉപകരണം വേറെ ഒരു ഉപകരണത്തിൻ്റെയും ആവശ്യമില്ല മറ്റെന്തെങ്കിലും ഒരു ഉപകരണത്തെ നിങ്ങൾ ആശ്രയിച്ചാൽ ആത്മീയമായ അന്വേഷണത്തിനത് ഭൗതികമാണ് കാരണം അത് ആവശ്യമില്ലാത്തതാണ് ധ്യാനമനനങ്ങളല്ലാതെ ഇവിടെ മറ്റൊരു ഉപകരണത്തിന്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഇവിടെ അതിന്റെ അപവാദത്തെക്കുറിച്ച് പറയണം ഇങ്ങനെ ഒരു അധിഷ്ഠാനം നിലനിന്നില്ലെങ്കിൽ പിന്നെ ഇവിടെ ഈ പ്രാണൻ സ്പന്ദിക്കില്ല ഈ മനസ്സ് സ്ഫുരിക്കില്ല ഇത് രണ്ടുമില്ലെങ്കിൽ പ്രകാശവും പ്രവൃത്തിയും ഇത് രണ്ടും ഇല്ലെങ്കിൽ പിന്നെ ഈ പ്രപഞ്ച വ്യവഹാരമേ ില്ലാതെ വന്നുകഴിഞ്ഞാൽ അവൻ മുക്തനായി അതാണ് അതാണ് മോക്ഷം സ്വാതന്ത്ര്യം അതായി അതെങ്ങനെ ഇല്ലാതെ വരണം അത് അപവാദത്തിലൂടെ ഇല്ലാതെ വരണം വിവേകത്തിലൂടെ ഇല്ലാതെ വരണം അല്ലാതെ തനിയില്ലാതായപ്പോല ആ വ്യവഹാരം ഇല്ലാതായതുകൊണ്ട് മാത്രം മോക്ഷം സാധ്യമാകത്തില്ല അങ്ങനെയാണെങ്കിൽ മയിക്കിയാൽ മതി അല്ലെങ്കിൽ ഉറങ്ങിയാൽ മതി അത് രണ്ടുകൊണ്ടും സാധിക്കുന്നില്ല രണ്ടുകൊണ്ട് മോക്ഷം ില്ല അവിടെ എന്തുവരും മോഹം മാത്രം കിട്ടണ മോഹമേ വച്ച പാണ്ഡവ ഭഗവാൻ പറഞ്ഞല്ലോ പ്രകാശവും പ്രവൃത്തിയും മോഹവും മോഹം മാറണമെങ്കിൽ എങ്ങനെ പറ്റുമോ ഇത് അപവാദത്തിലൂടെ പറ്റും ധ്യാനമനനങ്ങളിലൂടെ നിഷേധിച്ചാലേ കിട്ടും മരുന്നു കൊടുത്ത് മയക്കാൻ ഉറങ്ങിയാലും പറ്റത്തില്ല ഇങ്ങനങ്ങേറ്റം സമാധി പോലും ഒരു പരിധിക്കപ്പുറം സഹായിക്കും ഒരു പരിധിവരെ അത് സഹായിക്കും മറ്റു പല ഉപായങ്ങളും സഹായിക്കുന്നത് പോലെ ഇത് അപവാദത്തിലൂടെ തന്നെ സാധിക്കും അതുകൊണ്ട് പറയുന്നു കോ ഹ അന്യാഹപ്രാണ്യ വിദേശ ആകാശ ആനന്ദോ നസ്യയുടെ അധ്യാരൂപത്തെയും അപവാദത്തെയും കാണിക്കുകയാണ് ആരാണ് ഏതൊരു പ്രാണനാണ് ഈ അപാനം വ്യാപാരം ചെയ്യുന്നത് കഹപ്രാണ്യ ഏതൊരുവണ് ഈ പ്രാണനം വ്യാപാരം ചെയ്യുന്നത് അതായത് ശരീരത്തിൽ ഈ മുഖ്യപ്രാണൻ തന്നെ പ്രധാനമായി രണ്ടായി തിരിഞ്ഞിരുന്നു പ്രാണാപാനം വ്യാപാരം പ്രാണാപാനം എന്ന് പറയുന്ന രണ്ട് പ്രവൃത്തി നടത്തുകയാണ് രണ്ട് പ്രവൃത്തിയല്ല പ്രാണൻ അപാനം സമാനം ഉദാനൻ വ്യാനൻ പിന്നെ അതിനെ തുടർന്ന് ഉപപ്രാണന്മാര് പ്രാണന് തന്നെ അല്ലേ ഈ ശരീരത്തിലെ ഊർജത്തിന് അളവുണ്ടോ ശരീരത്തിലെ ഒരു കോശത്തിന്റെ ഊർജത്തിന് അളവുണ്ടോ ഇല്ല പ്രാണൻ അനന്തമാണെപ്പോഴും അനന്തമായി പ്രാണവ്യാപാരം നമുക്ക് പ്രധാനമായി അനുഭവം രണ്ട് രീതിയിലാണ് പ്രാണാപാനരൂപ രണ്ടു തരത്തിൽ അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഈ പ്രാണാപാന വ്യാപാര ശരീരത്തിൽ നടക്കുന്ന ഈ സ്പന്ദനങ്ങൾ ഈ ചേഷ്ടകൾ എന്താണ് ആകാശ ആനന്ദോന്നസ്യ ആനന്ദസ്വരൂപിയായ ആകാശം ഈ ബാഹ്യാകാശമാണ് ബാഹ്യാകാശത്തിന് ഇടം കൊടുക്കുന്ന ഉള്ളിലാകാശം ചിതാകാശം ആകാശം ഇല്ലെങ്കിൽ ഇതെല്ലാം അങ്ങനെ നടക്കും ഇതെല്ലാം എവിടെയാണ് നടക്കുന്നത് ഇതെല്ലാം നടക്കുന്നത് ആകാശത്തിലാണ് മനസ്സിലല്ല കാരണം മനസ്സില്ലാത്തപ്പോഴും ഇത് നടന്നു മനസ്സില്ലാത്തപ്പോഴും ഈ പ്രാണവ്യാപാരം നടന്നിരുന്നു ഇതെവിടെയാണ് നടക്കുന്നത് സ്ഥൂല ശരീരത്തിലാണെന്ന് പറയാം കാരണം സ്ഥലശരീരം മൃതശരീരം ഉണ്ട് അവിടെ ഇത് നടക്കുന്നതായിട്ടും കാണുന്നില്ല സ്ഥലശരീരത്തിൻ്റെ ധർമ്മമാണെങ്കിൽ അതവിടെ കാണേണ്ടതാണ് അവിടെ മൃതശരീരത്തിൽ പ്രാണനം വ്യാപാരം കാണുന്നില്ല ഇതെവിടെ നടക്കുന്നു മനസ്സിലല്ല സ്ഥൂല ശരീരത്തിനുമല്ല അതിനപ്പുറം ആനന്ദരൂപിയായ ഒരാകാശമുണ്ട് എന്നത് ആനന്ദരൂപിന്നെ എന്ന് പറയുന്നു സ്വതന്ത്രമായതുകൊണ്ട് മുക്തമായതുകൊണ്ട് ഈ സുഖ ദുഃഖങ്ങളൊന്നും അവിടെ ഇല്ലാത്തതു കൊണ്ട് അതിനെ പറയുന്നത് അത് അനന്തരൂപിയാണ് അതിനാശ്രയിച്ചാണ് ഇതെല്ലാം നടക്കുന്നത് എന്ന് പറയുമ്പോൾ ഒന്ന് ഈ പ്രാണന്റെ ഉറവിടത്തെ കണ്ടെത്തണം അപ്പോൾ അത് അധ്യാരൂപമായി എന്നിട്ട് അവിടെ തന്നെ അതിനെ നിഷേധിക്കണം ആകാശം ഇല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ ഇത് ഇല്ലെങ്കിലും അതവിടെ നിൽക്കും അപവാദമാണ് ഊർദ്ധം പ്രാണം ഉന്നയതി അപാനം പ്രത്യേകസ്യതി ഇവന്റെ സാന്നിധ്യത്തിലാണ് പ്രാണൻ ഉപരിയായി പ്രവർത്തിക്കുന്നു അപാനൻ അധോമുഖിയായി പ്രവർത്തിക്കുന്നു ഇതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു രണ്ട് തലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു അത് മുഖ്യമായി ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തെ ൊണ്ട് മാത്ര ശരീരത്തിന്റെ മധ്യഭാഗത്തിൽ നിന്നും മുകളിലേക്ക് പ്രാണൻ താഴേക്കപ്പാനൻ എന്നുള്ള അർത്ഥത്തിൽ ഈ ജീവൻ ജീവന് ഊർജ്ജമായൊരു ഗതിയുണ്ട് ആ ഊർജ്വമായ ഗതിക്ക് സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആവൂർത്തി പ്രാണൻ ആ ജീവൻ എന്ന സംഭവിച്ചുകൊണ്ടിരിക്കുന്നു സംഭവിക്കാം ഇപ്പോൾ അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവനെ സഹായിക്കുന്നത് അപ്പാങ്ങൾ ഒന്ന് തന്നെ രണ്ടു തരത്തിൽ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ജീവന് മുകളിലേക്കും താഴേക്കും നയിച്ചുകൊണ്ടിരിക്കുന്നു അത് ഊർജ്വഗായി അവനെ നയിച്ചു കഴിഞ്ഞാൽ അവന് മോക്ഷം വരെ ഈ പ്രാണന് ശക്തി ഉണ്ട് അധോഗതിയിലേക്കാണെങ്കിലോ അവനെ ബന്ധനത്തിൽ നിന്നും ബന്ധനത്തിലേക്ക് കൊണ്ടുപോകുന്നു പതാണപാന കൊണ്ടുദ്ദേശിക്കുന്നു അവനെ മരണത്തിൽ നിന്നും അവനെ മരണത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു ഇതെല്ലാം എവിടെ എങ്ങനെ സംഭവിക്കുന്നു അതിശ്രുഭ്യശ്രുതി പറയുന്ന എന്താണ് ഇതിനൊരാധാനമുണ്ട് ഒരു ചൈതന്യ അധിഷ്ഠാനമുണ്ട് അതിനെ ആശ്രയിച്ചിട്ടാണ് ഇത് സംഭവിക്കുന്നത് ആ ചൈതന്യത്തിൽ മനസ്സുറപ്പിക്കാൻ വേണ്ടി ഇതിനാരോപിച്ചും നിഷേധിച്ചും കാണിക്കുന്നു ഇതെന്തുകൊണ്ടിങ്ങനെ നിലനിൽക്കുന്നു ചോദ്യമാണ് ഇതെങ്ങനെ നിലനിൽക്കുന്നു എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് പ്രപഞ്ചത്തെ സംബന്ധിച്ച് അതിന് സമാധാനം പറഞ്ഞേ നിഷേധിക്കാൻ പറ്റും അവൾ പറയുന്നു ആരോപിതമായി നിലനിൽക്കുന്നു ആരോപിതമായി നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ സത്യമല്ല എന്നിട്ട് അതിനെ നിഷേധിക്കുന്നു ഇത്രയേളിവിടെ സയൻസ് ശാസ്ത്രം അല്ലാതെ ഇന്നത്തെ സയൻസ് അല്ല ഇവിടെ പറയുന്നു വിഹാപിച്ച ഭക്ഷ്യതേ ഇവിടെയും പറയും എന്താണ് ഏനപ്രാണപ്രണീയത ്രഹ്മിദ്ധി ഇവിടെയും പറയും ഏതുകൊണ്ടാണ് ഈ പ്രാണൻ സ്പന്ദിക്കുന്നത് പ്രണീയത്തെ എന്ന് പറഞ്ഞല്ലോ പ്രാണന്റെ പ്രവർത്തനമാണ് ഈ സ്പന്ദനം അതിസൂക്ഷ്മമായ സ്പന്ദനം അതെന്തുകൊണ്ടാണ് പ്രാണോപാസകന്മാർ ഈ പ്രാണസ്പന്ദനത്തിന്റെ ഉറവിടം അന്വേഷിച്ചാ പോണൻ ഉപാസിക്കുന്നത് പ്രാണന്റെ സ്പന്ദനമാണ് സ്ഥൂലമായി കാറ്റായും മഴയായുമൊക്കെ അനുഭവപ്പെടുന്നത് അത് തന്നെ പ്രപഞ്ചശക്തികളായി അനുഭവപ്പെടുന്നത് ആ സ്പന്ദനത്തിന്റെ തന്നെ രൂപാന്തരമാണ് ഊർജമായി അനുഭവപ്പെടുന്നത് പക്ഷെ രണ്ടും രണ്ടാണ് ബാഹ്യമായി നോക്കിയിരുന്നാൽ ഇതിൻ്റെ ഈ സ്ഥൂലമായ ഭാവങ്ങളെ കാണാൻ പറ്റും അതുകൊണ്ട് അന്വേഷിക്കുന്നു ധ്യാനമനങ്ങളിലൂടെ അന്വേഷിക്കുമ്പോഴാണ് ഈ സ്പന്ദനത്തെ കണ്ടെത്തുന്നത് അത് ഊർജ്ജമല്ല മുമ്പ് പറഞ്ഞു അസൂക്ഷ്മമാണ് അതിനന്വേഷിക്കുന്നു അതിന് പ്രാണോപാസന അതിനെ പിന്തുടരുന്നു അതങ്ങനെ ധ്യാനമനനങ്ങളിലൂടെ പിന്തുടരുന്നു അങ്ങനെ ചെല്ലുമ്പോഴാണ് അവർ ചോദിക്കുന്നത് ഏന പ്രാണപ്രണീയത ആ സ്പന്ദനം എന്തിനെ ആശ്രയിച്ചതാണ് അവൻ സ്പന്ദന കണ്ടത്തെ അവൻ കണ്ടെത്തുമ്പോൾ അത് അധ്യായവുമായി അവിടെ നിന്ന് എന്തിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നു എന്ന് കണ്ടെത്തുമ്പോൾ അതിൻ്റെ നിഷേധമായി സദൈവ ബ്രഹ്മ ആ നിഷേധത്തിലാണ് അനുഭവം വരുന്ന അപവാദത്തിൽ സദൈവ ബ്രഹ്മ അതാണ് ആ ബ്രഹ്മം അപ്പോ ഇവിടെ അദ്വൈതത്തിൽ ഈ ഇതിന് വിശദമായി ഇങ്ങനെ ചർച്ച ചെയ്യുക അധ്യാരോഗലപ്രകൃതിയിൽ നിന്ന് തുടങ്ങി സ്ഥൂല സൂക്ഷ്മഭാവങ്ങളിൽ മനസ്സ് ഇന്ദ്രിയങ്ങൾ സ്ഥൂല ശരീരം സൂക്ഷ്മശരീരം കാരണം ശരീരം എന്നിങ്ങനെയെല്ലാം പറഞ്ഞ് വളരെ വിശദമായി ചർച്ച ചെയ്തു അപ്പോ എന്തിനേം വിശദമായൊരു ചർച്ച നേരിട്ടെന്ന് പറഞ്ഞാൽ പോരെ നീ ബ്രഹ്മമാണ് നീ അതാണ് നേരിട്ട് പറഞ്ഞാൽ അവൻ പറയാം പക്ഷെ ഗ്രഹിക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ട് മനസ്സ് വിക്ഷിപ്തമാണ് ബഹിർമുഖമാണ് അതെങ്ങനെയാണ് വിക്ഷിപ്തവും ബഹിർമുഖവുമായിരിക്കുന്നത് ഈ അധ്യാരൂപത്തിൽ പെട്ടാണ് ഈ വിഷയങ്ങളിൽ പെട്ടാണ് അപ്പോൾ വിഷയങ്ങളിൽപ്പെട്ട് ദൗർമുഖമായിരിക്കുന്ന മനസ്സിനെ ഒറ്റയടിക്ക് നീ തത്വമസി എന്ന് ഉപദേശിച്ചാലൊന്നും പിടികിട്ടത്തില്ല നീ ആത്മാവാണെന്ന് പറഞ്ഞാൽ ശബ്ദാർത്ഥം പോലും മനസ്സിലാകത്തില്ല ആലും മാവുന്നേ ധരിക്കത്തുള്ളൂ അതിനപ്പുറം ഒന്നും ധരിക്കത്തില്ല ശബ്ദാർത്ഥം തന്നെ പിടികിട്ടത്തില്ല എന്തുകൊണ്ട് മനസ്സത്രയും വിക്ഷിപ്തമായി അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു അധ്യാരോപത്തിലൂടെ അധ്യാരോപത്തെ തന്നെ വിശദീകരിക്കുന്നു മനസ്സിനെ തന്നെ ഈ സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിൽ അവനെ മനസ്സിലായി കൊടുക്കും അത് അങ്ങനെ മനസ്സിലായി കൊടുക്കുന്നത് അത് സത്യമാണെന്നുള്ള ഇത് ഈ മനസ്സിലാക്കുന്ന ഈ ചിന്താ രീതി സത്യമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല അതുകൊണ്ട് ആരെങ്കിലും ചോദിക്കണീ പറയുന്നത് ശരിയാണോ മൂലപ്രകൃതി എന്ന് പറയുന്ന ഒന്നുണ്ടോ അതിൽ തന്മാത്രകളുണ്ടോ അവിടെ പ്രാണലുണ്ടോ മനസ്സുണ്ടോ ഇതൊക്കെ ശരിയാണോ ഇതിനെന്തെങ്കിലും സത്യമുണ്ടോ ഇത് പറയുമ്പോൾ ഇതെന്തെങ്കിലും സത്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കിത്തരാൻ വേണ്ടി പഠിപ്പിക്കുകയല്ല നമ്മളെ സത്യം പഠിപ്പിക്കുന്നത് സയൻസാണ് ഇത് ഇന്നത് സത്യമാണ് ഇന്നത് അസത്യമാണെന്ന് പഠിപ്പിക്കുന്നതിനാണ് സയൻസെന്ന് പറയുന്നത് അവിടെ നമ്മൾ സത്യ അസത്യങ്ങളൊക്കെ പഠിക്കുന്നു ഇവിടെ അതല്ല ഇത് സത്യമൊന്നും ഇതിലൊന്നും സത്യമെന്ന് പറയാനല്ല പിന്നെ ഇതെന്താണ് പറയുന്നത് ഇതൊരു ചിന്താ മാത്രം ഇതൊരു കൽപ്പന മാത്രം ോപകൽപന അത് മാത്രമേയുള്ളൂ ഇതിൽ സത്യാസത്യങ്ങളല്ല ആയിട്ട് ആദ്യം കാണിച്ചു എന്നിട്ട് ആ കല്പനയെ നിഷേധിക്കൂ ആദ്യം ഇത് ഒരു ഭാവനയായിട്ട് ഇതിനവതരിപ്പിക്കും പിന്നെ ആ ഭാവനയെ നിഷേധിക്കും അതുകൊണ്ട് ഇത് സയൻസാണോ ഇത് ശാസ്ത്രമാണോ ഇത് യഥാർത്ഥമാണോ എന്നുള്ള ചോദ്യത്തിനൊന്നും ഇവിടെ യാതൊരു പ്രസക്തില്ല അതുകൊണ്ട് സയൻസ് പഠിച്ചിട്ടുള്ളവർ അത് ഇതും കൂടെ താരതമ്യം ചെയ്തു അവിടെ അങ്ങനെ പറഞ്ഞു അവിടെ ആറ്റം എന്ന് പറഞ്ഞു ഇവിടെ പ്രണമെന്ന് പറഞ്ഞു ഇങ്ങനെയൊന്നും ചിന്തിച്ചു പോലും അദ്വൈത ചിന്തയിൽ അതിനൊന്നും സ്ഥാനമില്ല ഭൗതിക ചിന്തയിൽ അതിനൊക്കെ സ്ഥാനമുണ്ട് അത് അതിൻ്റെ തലത്തിലാണ് ഇവിടെ അതിന് യാതൊരു വിലയുമില്ല അതുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ളവർ ഇത് വരും ും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രവണത വരും ഒരു പ്രേരണ വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് അധ്യാരോഗത്തില്ല അതുകൊണ്ട് നമുക്കിതിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടത്തില്ല ഇത് സത്യമാണെന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ധാരണ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിനെ അപവദിക്കാൻ നോക്കത്തില്ല ഇതിനപദിക്കാതെ മോചനമില്ല അതുകൊണ്ട് എന്താണ് ഇവിടെ എത്തിച്ചേരേണ്ട അവിടെ ആണെന്താണ് ഏന പ്രാണപ്രണീയത അവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ഇവിടെയാണോ ഈ പ്രാണൻ സ്പന്ദിക്കുന്നത് അതാണ് പ്രാണോപാസകന്മാർ അവിടെ എത്തിച്ചേരുന്നത് ആ പ്രാണസ്പന്ദനത്തിൽ ആ പ്രാണസ്പന്ദനത്തിൽ എത്തിച്ചേർന്നാൽ ചിലർ കരുത് അത് എന്താണ് പരമാർത്ഥം ആ സ്പന്ദനം തന്നെയാണെന്ന് കരുത് അവിടെ പ്രാണലൈവെന്ന് മറ്റും സംഭവിക്കും അതുകൊണ്ട് രക്ഷയില്ല ഭൂതലയം പ്രാണലയം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഉപാസകന്മാർക്ക് അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ പറ്റുന്നു അവർക്ക് അവിടെ നിന്ന് പിന്നെ മോചനത്തിന് വീണ്ടും കാത്തിരിക്കുകയും ചെയ്യും അദ്വൈതി അവിടെ നിൽക്കില്ലല്ലോ അതിനെ നിഷേധിക്കുന്നു അപ്പോൾ ഇതെങ്ങനെ എന്തിന് എന്നുള്ളൊരു സമാധാനമായി അധ്യാരോപത്തെ കാണിക്കുന്നു അപ്പോൾ വിക്ഷിപ്തവും ബഹിർമുഖവുമായിരിക്കുന്ന ഈ മനസ്സിനൊരടുക്കും ചിട്ടി ഉണ്ടാക്കാൻ വേണ്ടി അവന്റെ ചിന്തയ്ക്കൊരു ചിട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എത്തിയതിനു ശേഷം അപ്പം അവന് ആ രീതിയിൽ ചിന്താപരമായി ബോധ്യപ്പെടുന്നു അത് മനസ്സിലാക്കും ഇതിന് കാണുന്ന പ്രപഞ്ചത്തിന് വസ്തുതാപരമായ ഒരു ആ യാഥാർത്ഥ്യത്തെ ചിന്താപരമായി നിഷേധിക്കാൻ ഒക്കത്തില്ല അതിനവിടെ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ താല്പര്യവും അഗ്നി സ്പർശിച്ചാൽ അത് പൊള്ളും വസ്തുസ്വഭാവമാണ് എന്തുകൊണ്ട് ഭൂതങ്ങൾക്ക് പ്രവർത്തനവും പ്രതിപ്രവർത്തനവും അത് അവന്റെ സ്വഭാവം കാണിക്കും അഗ്നി പഞ്ചഭൂതാത്മകമാണ് ശരീരം പഞ്ചഭൂതാത്മകമാണ് അഗ്നി സ്പർശിച്ചു കഴിഞ്ഞാൽ ഇത് പൊള്ളും അപ്പോൾ ഇവിടെ ചില ചോദിക്കും പ്രപഞ്ചം വിധിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തത്വജ്ഞാനി ആയിക്കഴിഞ്ഞാൽ പിന്നെ അവന്റെ ശരീരം പൊള്ളുമോ ഇത് പരി പരിശോധിക്കാൻ വേണ്ടി ആചാര്യന്റെ ആസനത്തിൽ തീവച്ച ശിഷ്യന്മാരുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് തമാശയല്ല ആചാര്യൻ്റെ അവസാനം നിലവിളിച്ചു കാരണം തീ കലഞ്ഞ് വെച്ച് പൊള്ളിച്ചു നോക്കി അപ്പോൾ കഥയല്ല നടന്ന സംഭവമാണ് ഇവിടെയല്ല വടക്കേ ഇന്ത്യയിൽ അപ്പോൾ ഇതാണ് കാരണം പ്രപഞ്ചം മിഥ്യാണെങ്കിൽ ഈ ശരീരവും മിഥിയാണ് അഗ്നിയും മിഥ്യയാണ് അപ്പോൾ അഗ്നി ശരീരത്തിൽ വന്നാൽ കൊള്ളത്തില്ല ഇത് പരീക്ഷിക്കേണ്ടത് പ്രപഞ്ചം മിഥ്യ എന്ന് പറയുന്ന ആചാര്യനെ തന്നെ പരീക്ഷിച്ചു നോക്കാം അതിനുശേഷം വിചാരിച്ചു പിന്നെ ആചാര്യന്റെ അവസ്ഥ ആശുപത്രിയിലായി അപ്പോൾ ഇത് അദ്വൈതത്തെ തെറ്റായി ധരിക്കുന്നോണ്ടാണ് അതായത് വസ്തുസത്യോടെ നിഷേധിക്കുന്നില്ല അദ്വൈതത്തിൽ മറച്ചിതിൻ്റെ പരമാർത്ഥികരെ ബോധിപ്പിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഈ പ്രപഞ്ച സത്യം അല്ലെന്നറിഞ്ഞാലും ശരി നിങ്ങളുടെ ശരീരത്തിൽ തീ വീണാ പൊള്ളും ഒരു സംശയവും വേണ്ട എന്തുകൊണ്ട് അത് ഭൗതികമാണ് ഇവിടെ പറയുന്നത് ഭൂതങ്ങൾക്കും അപ്പുറമുള്ള കാര്യമാണ് ഭൂതത്തിൽ നിന്നാണ് ഭൗതികമുണ്ടായത് ഭൗതികത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് തന്മാത്രയിൽ തൊട്ടാൽ പൊള്ളത്തില്ല തന്മാത്രയുടെ തലത്തിൽ ഇതൊന്നുമില്ല സ്ഥൂലത്തിന്റെ തലത്തിലാണെന്ന് വരുന്ന ഈ സ്പർശനവും മറ്റും ഇവിടെ എന്തു ചെയ്യും അഗ്നിയിൽ തൊട്ടാൽ അത് അഗ്നി തൊട്ട് പൊള്ളാതിരിക്കാൻ പല വിദ്യകളും ഉണ്ട് ആ വിദ്യ വല്ല വശത്താക്കി കഴിഞ്ഞാൽ ആ വിദ്യ എന്തെങ്കിലും സ്വായത്തമാക്കി ആചാര്യനാണെങ്കിൽ പരീക്ഷിക്കാം പൊള്ളത്തിട്ട് അത് വിദ്യകളാണ് സിദ്ധികളാണ് അതുകൊണ്ടൊക്കെ അത് സാധിക്കും അല്ലെങ്കിൽ പ്രപഞ്ചം വിധിയാണെന്നറിഞ്ഞാൽ അഗ്നിയുടെ ഉഷ്ണം മാറത്തില്ല പശുവാധിപിശാവിശേഷ ബ്രഹ്മസൂത്രം അവിടെ ഒന്നുകൂടെ ഓർക്കുക ഇതിന്റെ സ്വഭാവം മാറ്റാനോ ഇതല്ലാതാക്കാനോ അതുകൊണ്ട് ചിലത് പറയും എന്റെ ഗുരു ജ്ഞാനിയാണെന്തുകൊണ്ട് ഗുരുവിന്റെ ശരീരത്തിൽ കത്തിവെച്ച് കീറിയിട്ട് ഗുരു അറിഞ്ഞില്ല അന്ന് ജ്ഞാനത്തിന്റെ അടയാളമല്ല ഈ പറയുന്നവന്റെ ബുദ്ധിശൂന്യതയുടെ അടയാളമാണ് ജ്ഞാനത്തിന്റെ അടയാളമല്ല ജ്ഞാനിയുടെ ശരീരത്തിൽ കത്തി വെച്ചാലും കീറും അജ്ഞാനിയുടെ ശരീരത്തിൽ കത്തി വെച്ചാലും കീറും കീറുന്നതും കീറാതിരിക്കുന്നതും വേദനിക്കുന്നതും വേദനിക്കാതിരിക്കുന്നതെന്നും ജ്ഞാനത്തിൻ്റെ ഇടാളെ എന്തുകൊണ്ട് ജ്ഞാനം ഒരിക്കലും വസ്തു സ്വഭാവത്തെ മാറ്റുന്നില്ല അത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ അനസ്തേഷ്യയുടെ ആവശ്യം വന്നിട്ട് എത്ര എളുപ്പമായി മനസ്ശേഷി കൊണ്ട് ചെയ്യുന്ന കാര്യമാണ് ജ്ഞാനം കൊണ്ട് സാധിച്ചെങ്കിൽ പിന്നെ ഒരു ഡാക്ടറെക്കാളും മെച്ചുകൊണ്ടുള്ള ഒരു ജ്ഞാനി എന്താ പ്രത്യേകത ഒരു തപസും കൂടാതെ ഒരു ഡാക്ടർ ചെയ്യുന്ന കാര്യമാണ് ഒരു ജ്ഞാനം കൊണ്ടൊരാൾ നേടിയെങ്കിൽ പിന്നെന്താ എന്താ അവിടെ സാധിച്ചു ഒന്നുകൊണ്ട് സാധിക്കാൻ പറ്റുമോ അത് സാധിക്കാൻ പറ്റുമോ അതിന് ജ്ഞാനത്തിൻ്റെ എന്തെങ്കിലും സദ്യവിശേഷങ്ങൾ ശരീരത്തിലുണ്ടായാലും മനസ്സിലുണ്ടായാലും ഇതൊക്കെ സാധിക്കാം തത്വജ്ഞാനത്തിനൊന്നും അടയാളമേ ഉണ്ട് എന്തുകൊണ്ട് തത്വജ്ഞാനം വസ്തു സ്വഭാവത്തെ മാറ്റുന്നില്ല അഗ്നിയെ തണുപ്പിക്കുന്നില്ല ജലത്തെ ഉഷ്ണമുള്ളതാക്കി മാറ്റുന്നില്ല ആകാശത്തെ ഘനമുള്ളതാക്കി മാറ്റുന്നില്ല പൃഥ്വി അത് ആകാശമാക്കി മാറ്റുന്നില്ല ഇതൊന്നും തത്വജ്ഞാനത്തിന് സാധ്യമാണ് തത്വജ്ഞാനം പിന്നെ എന്താ ചെയ്യുന്നത് അപവദിക്കുന്നു അത് മാത്രമേ ചെയ്യുന്നു അപവദിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് പരമാർത്ഥമല്ല എന്ന് ബോധിപ്പിക്കുന്നു അതാണ് തത്വജ്ഞാനം ചെയ്യുന്നത് ആ ബോധം ഇവിടെ ആന്തരികം ബാഹ്യമല്ല ഉഷ്ണവും ശീതവും ഒക്കെ ഇവിടെ ബാഹ്യമാണ് വസ്തുവിലാണ് വസ്തുനിഷ്ഠമാണ് അതല്ല തത്വജ്ഞാനം ഇവിടെ ആന്തരികമാണ് അത് ഉള്ളിൻ്റെ ഉള്ളിലാണ് തത്വജ്ഞാനം എന്ന് അത് വസ്തു സ്വഭാവമായിട്ടൊരു ബന്ധമുണ്ട് അതുകൊണ്ടാണ് ഭാഷ്യകാലം പറഞ്ഞത് പശ്വാതി അവിശേഷ തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കുക അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മ്മള് പറയും അങ്ങനെയല്ല ഇങ്ങനെയാണ് ദേഹത്തെ തീ വെച്ചിട്ട് പൊള്ളിയില്ല അതുകൊണ്ട് ഞാനിയാണ് ഒരു സംശയവും വേണ്ട ഭക്ഷണം കഴിക്കുന്നില്ല അതുകൊണ്ട് ഞാനിയാണ് എന്നും പറയും ഭക്ഷണം കഴിക്കാതിരുന്ന ഞാനിയായി പറയും ഉറങ്ങുന്നില്ല അതുകൊണ്ട് ഞാനിയാണ് അങ്ങനെ പറയുന്നവരുടെ ഇതൊക്കെ എന്താണോ വസ്തു സ്വഭാവങ്ങളാണ് വസ്തു സ്വഭാവം പ്രവർത്തനം പ്രതിപ്രവർത്തനം പ്രപഞ്ചത്തിന്റെ സ്വഭാവം അതങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും ജ്ഞാനവുമായിട്ടിങ്ങനെ യാതൊരു ബന്ധമില്ല എന്നുള്ള അപ്പൊ ഞാനീടെ ശരീരത്തെടുത്ത് തീനിട്ടാലും ദഹിക്കും ഒരു സംശയമില്ല അല്ല വേണമെങ്കിൽ മമ്മിയാക്കി സൂക്ഷിച്ചും വയ്ക്കാം കുഴപ്പമൊന്നുമില്ല അങ്ങനെ വേണമെങ്കിലും ഇരിക്കും അത് അതൊക്കെ ശരീരം ശരീരത്തെ എന്തും ചെയ്യാം ദഹിപ്പിക്കുകയോ ദഹിപ്പിക്കാതിരിക്കുകയോ ചെയ്യുക അത് തത്വജ്ഞാനമായിട്ടൊരു ബന്ധമുണ്ട് അവിടെ എന്താണ് കേവലം അപവാദം മാത്രമേ സംഭവിക്കുന്നുള്ളൂ അപവാദത്തിൽ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് അപവാദം സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ തത്വജ്ഞാനെ സംബന്ധിച്ച് ഇത്രയുള്ളൊരു വ്യത്യാസം എന്താണോ അനുഭൂതി എന്ന് പറയുന്ന വ്യത്യാസം എന്താണ് നേരത്തെ പറഞ്ഞല്ലോ വിദ്വത് ബുദ്ധിഗമ്യം വിദ്വത് ബുദ്ധിഗമ്യമാണ് ഭാഷകാരൻ പറയുന്നത് അനുഭൂതിയുടെ തലമാണ് അവിടെ ഈ പ്രാപഞ്ചികമായ അനുഭവങ്ങളുമായിട്ട് എന്താ ബന്ധം ഒരു ബന്ധമുണ്ട് കാരണം അഗ്നിയെ അഗ്നിയായിട്ട് അറിയുക ജലത്തെ ശീതമായി അറിയുക ഇതിനെയാണ് പ്രാപഞ്ചിക അനുഭവം എന്ന് പറയുന്നത് ഈ അനുഭവങ്ങളിലാണ് സുഖവും ദുഃഖവും ഉഷ്ണവും ശീതവും എല്ലാം ഈ പ്രാപഞ്ചികനുഭവങ്ങളിലാണ് ഇവിടെ പറയുന്ന വിദ്വത് ബുദ്ധി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതുമായിട്ടെന്താ ബന്ധം ഇതിനെ അതിനെന്ത് ചെയ്യാനാണ് ഒന്നും ചെയ്യാനില്ല ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ് അത് അതിനെ കുറിച്ചിവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് തദൈവ ബ്രഹ്മ തൊംവിധ്യ അവിടെ അതാണ് അറിയുന്നത് ഏന പ്രാണപ്രണിയതേ ഈ പ്രാണസ്പന്ദനത്തിന് അപ്പുറമുള്ള അത് അവിടെ ഇതിനെ നിഷേധിച്ചിട്ട് അറിയുന്നു അതിനെ നിഷേധിച്ചറിയുന്നു അല്ലെങ്കിൽ ഇതിനെല്ലാം ബാധിക്കുന്ന അനുഭൂതിയിൽ തത്വം ഞാൻ എന്ന് പറയും അതുകൊണ്ടാണ് ഇതിനനുഭൂതി ശാസ്ത്രം അനുഭൂതി ഉപദേശം എന്ന വംശത്തിന് പറയുന്നു ആ ഒരു തലത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി ഇതിനെ നിഷേധിക്കുകയാണ് ആ ഒരു തലത്തിലാണ് ഇതിന്റെ അവസാനം ഒന്ന് കാണിക്കാൻ വേണ്ടി ഇതിനെ അധ്യാരോപം ചെയ്യണം അതുകൊണ്ടാണ് ഈ രണ്ട് തലവും മാറി മാറി പറയുന്നത് അനുഭൂതിയിലെത്താൻ വേണ്ടി മാത്രം അല്ലാതിന് വേറെ ഒരു ഉപയോഗമില്ല ശ്രോത്രാദി ഇന്ദ്രിയ പ്രസ്താവേ ഘ്രാണപ്രാണസ്യുക്തഗ്രഹണം ആ വിഷയത്തെ അവിടെ പറഞ്ഞിട്ട് ഇതിനോട് ബന്ധപ്പെട്ട് വരുന്ന ചില കാര്യങ്ങൾ ഇവിടെ ഭാഷ്യകാരം പറയുന്നു ഇവിടെ ഘാണപ്രാണനെ എന്തുകൊണ്ട് പറഞ്ഞില്ല ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് മനസ്സും പ്രാണനും ഒന്നാണ് കാരണവും പറഞ്ഞു എന്തുകൊണ്ട് രണ്ടും തന്മാത്രകളാണ് ഇനി പ്രാണനും ഇന്ദ്രിയങ്ങളും ഒന്നാണ് എന്തുകൊണ്ട് രണ്ടും തന്മാത്രകളാണ് അതിന് വരുന്ന ഗുണങ്ങളുടെ വ്യത്യാസം അതിൽ ആ രജോ ഗുണത്തിന്റെ വ്യത്യാസം കൊണ്ട് തന്മാത്രകളുടെ രജോ ഗുണത്തിൽ വരുന്ന വ്യത്യാസം കൊണ്ട് അത് സമഷ്ടി വൃഷ്ടിഭേദമനുസരിച്ച് അതിന്റെ ഒരു ഭാഗം പ്രാണനായും ഒരു ഭാഗം ഇന്ദ്രിയങ്ങളായും ഇരിക്കുന്നു ആ വ്യത്യാസമേ ഉള്ളൂ അതുകൊണ്ട് പ്രാണനെ തന്നെ ഇന്ദ്രിയങ്ങളെന്നും പറയും ഇവിടെ ഘ്രാണപ്രാണനെന്ന് പറയുന്നു ഭാഷകാലം നിങ്ങൾക്ക് ഘാണ അർത്ഥം ഇവിടെ ബാക്കിയെല്ലാത്തിനേം പറഞ്ഞു എന്തുകൊണ്ട് ഘ്രാണ ഇന്ദ്രിയത്തെ പറഞ്ഞില്ല അതും പ്രധാനപ്പെട്ട ബന്ധത്തെ ഗ്രഹിക്കുന്ന അപ്പം ഇവിടെ പ്രാണൻ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അതിനെ ഗ്രഹിച്ചുകൂടാ കാരണം അതിനെ വിട്ടതുകൊണ്ടിവിടെ മുഖ്യപ്രാണൻ തന്നെ എന്തുകൊണ്ട് കിടത്തു അതിന് സമാനം പറയുന്നു സത്യം ഏവം പ്രാണഗ്രഹണേ നെയ്വത് പറയുന്നു സാരമില്ല ഘ്രാണൻ ഈ പ്രാണൻ എന്ന് പറഞ്ഞാൽ അതിന് കൂടെ കാരണം ഇതെല്ലാം ഒന്നല്ലേ ഇതെല്ലാം ഒരു ഒരു വസ്തുവല്ലേ നമുക്ക് മനസ്സെന്ന് പറഞ്ഞാൽ മനസ്സിനെ എടുക്കാം ചിലടത്ത് പ്രാണനെടുക്കാം ചിലടത്ത് മനസ്സെന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെടുക്കാം മനസ്സെന്ന് പറഞ്ഞാൽ നമുക്ക് ചിലടത്ത് ഈ പ്രപഞ്ചമെന്ന് മനസ്സിലാക്കാം പിന്നെ മനസ്സെന്ന് പറഞ്ഞാൽ പരബ്രഹ്മെന്നും മനസ്സിലാക്കാം വാശി പിടിക്കേണ്ട കാര്യമില്ല ഇവിടെ അങ്ങനെ എടുത്തോളാ ഘ്രാണേന്ദ്രിയെടുത്തോളാണോ അതിനും കൊണ്ട് അപാനപ്രാണൻ അത് ഗന്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യഖ്യാനിക്കുന്നുണ്ട് പറയുന്നു പ്രാണഗ്രഹണ നൈവത്തോ ഗ്രഹണപ്രണസഗ്രഹങ്ങളും മന്യതേ ശ്രുതിലാപശ യഥർത്ഥ പ്രയുക്ത പ്രവൃത്തി തദ്ധി പ്രകരണാർത്ഥവും വിവക്ഷിതം അപ്പം ഇവിടെ പ്രകരണാർത്ഥം ഇവിടെ ഈ സന്ദർഭത്തിൽ എന്താണ് വിവക്ഷിതമായിരിക്കുന്നത് വിശദമായ ചർച്ചകൾ നടത്തുമ്പോൾ ഇവിടെ ആചാര്യൻ ഇവിടുത്തെ ശ്രുതിയിലെ ഗുരുടെ വിവക്ഷ ഒന്നേ ഉള്ളൂ അതാണ് മനസ്സിലാക്കേണ്ടത് ബാക്കി വിപുലമായ ചർച്ചകളിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചർച്ച വിപുലമായി പോകുന്നത് തന്നെ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ചർച്ച വിപുലമാകുന്നത് തന്നെ എന്താണ് ഈ ചർച്ചയിലൂടെ അത് മനസ്സിലാക്കാവുന്ന ഒരു പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് വേറെ ഉപായൊന്നുമില്ല നമുക്കത് മനസ്സിലാക്കാം ഉപദേശിച്ചു മനസ്സിലായി ഇതാണ് പിന്നെന്താ ഒരു വഴിയുള്ളത് ഇത് ചർച്ച ചെയ്യുക ഇത് വീണ്ടും വീണ്ടും ചിന്തിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടിത് ഒരിടത്തും ഇതാ ഒരു പനിഷത്ത് കഴിഞ്ഞ് വേറൊരു പുനിഷത്ത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് ഇനി എന്തിനാ അടുത്ത പനിഷത്ത് അവിടെ പറഞ്ഞതാണല്ലോ അതിൽ പറയാനില്ല ശരിയാണ് അവിടെ പറഞ്ഞത് തന്നെയാണ് പക്ഷെ അത് ഫലവത്തായില്ല അത് ഫലവത്താകാത്തിടത്തോളം കാലം ഇതുമായിട്ട് മുന്നോട്ട് പോവുകയല്ലാതെ വരെ വഴിയില്ല ഇത് തന്നെ തുടരുകയല്ലാതെ വരെ വഴിയില്ല പിന്നെ ഇത് എന്തിനു സഹായിക്കും പുരോഗതിക്ക് സഹായിക്കും മുന്നോട്ട് ഉള്ള ഗമനം പുരോഗതി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം മുന്നോട്ടുള്ള ഗമനം അതിന് പുരോഗതി പുരഹ മുന്നോട്ട് ഗതി ഗമനം മുന്നോട്ടുള്ള പോക്കിന് ഇത് സഹായിക്കും അതിനുവേണ്ടി ഇത് തുടരുക ആ സുപ്തേൽ ആമൃതയ കാലം എന്നൊക്കെ പറയുന്നത് അർത്ഥവാദപരമായി പറയുന്നതാണ് സ്തുതിപരമായി പറയുന്നതാണ് നിങ്ങൾ ഉറങ്ങുന്നതുവരെ നിങ്ങൾ മരിക്കുന്നതുവരെ ഈ വിചാരം തുടരുക എന്ന് പറയും അർത്ഥവാദവാക്യമാണ് സ്തുതിക്കണം ആ അതിന്റെ മഹത്വത്തെ പറയുകയാണ് അത്രയും മഹത്വമുള്ളതാണ് ഈ വിചാരം ഈ ചിന്ത ഇതിനുവേണ്ടി ജീവിതം മുഴുവൻ മാറ്റിവെച്ചാലും നഷ്ടം വരത്തില്ല എന്നറിയാം എന്തായാലും ജീവിതം എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ടോ അത് ഇതിനു വേണ്ടിയായാൽ അതുകൊണ്ടൊരിക്കലും നഷ്ടം വരുന്നില്ല കാരണം എന്താണ് അതിൻ്റെ ലാഭം ആത്മലാഭമാണ് ആത്മലാഭത്തിന് വേണ്ടി ഇത് തുടരുക കഴിയുന്നത്ര അതുകൊണ്ട് ഓരോ പനിഷ്യത്ത് കഴിഞ്ഞാലും വേറൊരു പനിഷത്ത് കൊണ്ട് ദോഷമൊന്നുമില്ല ഇതിൻ്റെ പരമമായ കാര്യം പറഞ്ഞു ബോധ്യപ്പെട്ട് എന്താ ബോധ്യപ്പെട്ടത് ഏറെക്കുറെ വാക്യാർത്ഥം ഗ്രഹിച്ചു ലക്ഷ്യാർത്ഥം ഗ്രഹിച്ചു കഴിഞ്ഞാൽ തീർന്നു പിന്നെ ശ്രവിക്കാനൊന്നുമില്ല മനനം ചെയ്യാനൊന്നുമില്ല ധ്യാനിക്കാനൊന്നുമില്ല അത് ഇന്ന് സംശയം ബോധ്യപ്പെടും പക്ഷെ ഇവിടെ അങ്ങനെയുള്ള സംശയം വിപരീതഗ്രഹണമെല്ലാം നിലനിൽക്കുന്നു അതുകൊണ്ട് എന്താണ് ഇത് വീണ്ടും ആവർത്തിക്കാൻ ആവശ്യപ്പെടുന്നു അതുകൊണ്ട് ആചാര്യ ആചാര്യൻ തന്നെ തന്നെ വിപുലമായി ചർച്ച ചെയ്യും ഇല്ലെങ്കിൽ പറഞ്ഞാ മതിയല്ലോ തത്വമസി തദൈവ ബ്രഹ്മത്വം അതാണ് ബ്രഹ്മ ഇത്രയും പറഞ്ഞാ മതി അപ്പോ വിവക്ഷിതമായ ഗ്രഹിക്കുന്നു വിവക്ഷിതമായ താല്പര്യത്തെ അത് പിടിച്ചാൽ പിടികിട്ടുന്നതല്ല പിടി തരുന്നതല്ല അങ്ങനെയൊരു കുഴപ്പമുണ്ട് അതുകൊണ്ടിത് ആവർത്തിക്കേണ്ടി വരുന്നു അതുകൊണ്ട് ഭാഷ്യകാരൻ പറയുന്നു പ്രകടനാർത്ഥം വിവക്ഷിതമായ അർത്ഥം ഇതാണ് ഈ കാര്യമാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് അത് മനസ്സിലാകുന്നില്ലെങ്കിൽ ഇത് ഗ്രഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മനസ്സിലാകുക ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ താല്പര്യം ഇതൊരനുഭൂതിയായി മാറുന്നില്ലെങ്കിൽ വർത്തിക്കുക അങ്ങനെ ഒരു ഉപായവും ഇതിനെ സംബന്ധിച്ച് ആചാര്യന്മാർക്ക് നിർദ്ദേശിക്കാനല്ല തസൈവ കർണകലാപസ്യ യഥാർത്ഥ പ്രയുക്ത പ്രവൃത്തി അതുകൊണ്ട് ആ കാര്യത്തെ ഒന്നുകൂടി പറയുകയാണ് ഇത് വീണ്ടും വീണ്ടും എന്തിനാ ആവർത്തിക്കുന്നു എന്ന് ചോദിക്കുന്നതിന് സമാനം പറയണം ഈ കർണകലാപങ്ങൾ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു ആർക്കു വേണ്ടി പ്രവർത്തിക്കുന്നു കണ്ണ ആർക്കു വേണ്ടി കാണുന്നു അങ്ങനെയും ചിന്തിക്കാൻ ചെവി ആർക്കു വേണ്ടി കേൾക്കുന്നു എന്നാൽ ചോദ്യം ഇരതുകൊണ്ട് ആത്മാവിനെന്ത് നേടാനാണ് എന്നാൽ ആത്മാവിന് ഇതുകൊണ്ട് എന്ത് നേടാനുണ്ട് ആത്മാവിന് അതിന്റെ സ്വരൂപത്തിലൊന്നും നേടാനില്ല പക്ഷെ ഇവിടെ ഈ കർണകലാപങ്ങളുടെ തലത്തിൽ ഇവിടെ ഒരു ഒരു കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കോലാഹലം കണ്ണ് കാണുന്നു ചെവി കേൾക്കുന്നു സ്പർശിക്കുന്നു അതിനെക്കുറിച്ച് പറയും പ്രതിബോധവിദിതം ഈ കലാപങ്ങൾ ഈ കോലാഹങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇത് ഇതിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ വേണ്ടിയിട്ടാണ് നീന്താൻ അറിയാത്തവനെ വെള്ളത്തിലെടുത്ത് വിട്ടുകഴിഞ്ഞാൽ അവനും നീന്തും നീന്താൻ അറിയാത്തവന് മുങ്ങിയും പൊങ്ങിയും ചെയ്യും വെള്ളം കുടിക്കും ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് അതിൽ നിന്ന് മോചിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ സംസാരത്തിൽ അവനിങ്ങനെ മുഴുകുന്നത് അതറിഞ്ഞായാലും ശരി അറിയാതെയായാലും ശരി അതിനൊരു ഉദ്ദേശമേ ഉള്ളൂ എന്താണ് ഇതിൽ നിന്ന് മോചിക്കുക അപ്പോൾ ഈ കർണകലാപങ്ങളിൽ കൂട്ടിച്ചേർന്ന് മനസ്സും ഇന്ദ്രിയങ്ങളും പ്രാണനും ഇതെല്ലാം കൂടി ചേർന്ന് നിരന്തരം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനൊരു ഉദ്ദേശമുണ്ട് ഇതിൽ നിന്നുള്ള മോചനം അതുകൊണ്ടാണെന്ന് പറയുന്നത് ആത്മാവിന് വേണ്ടി പ്രവർത്തിക്കുന്നു അല്ല ആത്മാവിന് ഇതുകൊണ്ടൊന്നും നേടാൻ വേണ്ടിയിട്ടില്ല ആത്മാവിനെന്താ നേടേണ്ടത് നിത്യസിദ്ധ മുക്തമായിരിക്കുന്നതിന് നേടാനൊന്നുമില്ല പക്ഷേ ഈ ആത്മാവിനെ കുറിച്ച് അറിയുന്നത് ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്നതായ ഒരു തലമുണ്ട് ഈ മനസ്സിൻ്റെയും പ്രാണന്റെയും തലം ഇതിൽ നിന്ന് മോചനം വേണം ഇതിൽ നിന്നുള്ള സ്വാതന്ത്ര്യം വേണം അതിനാണ് മുക്തി എന്ന് പറയുന്നത് അതിനു ഇതെല്ലാം പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഇതെല്ലാം ആത്മാവിന് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നു അല്ലാതെ ആത്മാവിന് ഇതുകൊണ്ടൊന്നും നേടാൻ വേണ്ടിയിട്ടല്ല അത് ഇവിടെ പറയുന്നു എന്താണ് ഏതർത്ഥ പ്രയോക്ത പ്രവൃത്തി ഏതൊരാർത്ഥത്തിന് വേണ്ടിയാണോ ഏതർത്ഥം പരമപുരുഷാർത്ഥം മോക്ഷം അതിന് വേണ്ടിയിട്ടാണ് അപ്പം തന്നെയാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നു കണ്ണ് കാണുന്നതും ചെവി കേൾക്കുന്നതും എല്ലാം ഈ കാണില്ലെന്നും കേൾവിയിൽ നിന്നുമെല്ലാം മോചിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഇതിങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ അതറിയുന്നില്ല മോഹം കൊണ്ട് അറിയുന്നില്ല അതാണ് പറഞ്ഞത് പ്രകാശം ച പ്രവൃത്തിയും ച മോഹമേവ ച പാണ്ഡവ പ്രകാശവും പ്രവൃത്തിയും വന്നാൽ ഉടനെ അവിടെ മോഹവും വരും അതുകൊണ്ട് അവന് രഹസ്യം പിടിയിട്ടുണ്ട് എന്തിനു ഇതൊക്കെ െ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അത് പിടികിട്ടുന്നില്ല ഏതർത്ഥ പ്രയുക്താണ് ഏതൊന്നിനു വേണ്ടിയാ ഏതർത്ഥത്തിന് വേണ്ടിയിട്ടാണ് ഏത് പരമപുരുഷാർത്ഥത്തിന് വേണ്ടിയിട്ടാണ് അപ്പം ആത്മാവിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്ന ആ അർത്ഥത്തിലാണ് അപ്പം ഇതുകൊണ്ടല്ല അവസാനം അത് സാധിക്കും അത് സാധിച്ചു തന്നെ അപ്പം നിജസ്ഥിതി അറിയുന്നതിന് വേണ്ടി ശ്രുതി തന്നെ പറയും നിജസ്ഥിതി അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം അനാദികാലമായി ഇത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മനസ്സും പ്രാണന്മാരും ഇന്ദ്രിയങ്ങളും എല്ലാം അതിനു വേണ്ടിയിട്ടാണ് അതുകൊണ്ട് പറയുന്നു ആത്മാവിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു തദ്തൊരുവിന് വേണ്ടിയാണോ ഇത് പ്രവർത്തിക്കുന്നത് അതാണ് ബ്രഹ്മം പ്രകടന വിപേക്ഷിതം അതാണ് വിപക്ഷിതമായിരിക്കുന്നത് അതാണ് ഗുരു ഉപദേശിക്കാൻ ആഗ്രഹിക്കുന്നത് അത് ഉപദേശിച്ചാൽ അത് ഗ്രഹിക്കത്തില്ല അതുകൊണ്ട് പല വാക്യങ്ങളിൽ പറയുന്നു പല ഭാഷയിൽ വിശദീകരിച്ച് പറയുന്നു തഥാ ചക്ഷുഷക്ഷു ചക്ഷുഷ ചക്ഷു ചക്ഷു ദീർഘം വരുന്ന വ്യാകരണ നിയമങ്ങളനുസരിച്ചാണ് ചക്ഷുഷ ചു രൂപ്രകാശക ചുഷോ യൂപഗ്രഹണ സാമർഥ്യം തദ്ത്മചൈതന്യ അധിഷ്ഠിത രൂപത്തെ പ്രകാശിപ്പിക്കുന്ന രൂപം എന്ന് പറഞ്ഞാൽ ഇവിടെ മുഖ്യമായ അർത്ഥം നിറം രണ്ടാമത്തെ അർത്ഥം ആകൃതി വ നിറത്തെ കാണിക്കുന്നത് കണ്ണിന്റെ ജോലിയാണ് നിറത്തെ കണ്ണിന് മാത്രമേ പ്രകാശിപ്പിക്കാൻ പറ്റൂ ആകൃതിയെ സ്പർശനേന്ദ്രിയത്തിനും പ്രകാശിപ്പിക്കാൻ പറ്റൂ അതുകൊണ്ടാണ് കണ്ണിന്റെ മുഖ്യ വിഷയമായിട്ട് നിറത്തെ എടുക്കുന്നത് ആകൃതിയാണ് നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ ആകൃതിയും നിറവും കാണും കണ്ണില്ലെങ്കിലും ആകൃതിയെ കാണാൻ പറ്റും അന്ധനം ആകൃതിയുടെ ജ്ഞാനമുണ്ട് സ്പർശിച്ചറിയും ഉരുണ്ടതാണോ പരന്നതാണോ നീണ്ടതാണോ വൃത്തമാണോ പക്ഷേ അന്തിന് രൂപജ്ഞാനമില്ല അതുകൊണ്ട് രൂപത്തെ ചക്ഷിണേന്ദ്രിയത്തിന്റെ മുഖ്യ വിഷയമായിട്ട് ആരൂപപ്രകാശന ആ നിറത്തെ പ്രകാശിപ്പിക്കുന്ന ചക്ഷിണേന്ദ്രിയത്തിന്റെ സാമർഥ്യം തത് ആത്മചൈതന്യ അധിഷ്ഠിത ചെയ്യ ആത്മചൈതന്യ അധിഷ്ഠിതമായ അത് സാധ്യമാകൂ ആത്മചൈതന്യത്തെ ആശ്രയിച്ചിട്ടാണ് അത് ഓരോ ജ്ഞാനത്തിനും ഓരോ ഇന്ദ്രിയങ്ങളും ഓരോ ജ്ഞാനമുണ്ടാകുമ്പോൾ ഓരോ വിഷയഗ്രഹണത്തിനും അത് ആത്മാവിന് വേണ്ടി പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അത് അതിൻ്റെ പ്രകാശത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും ആത്മസ്വരൂപ പ്രകാശത്തെ അത് പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും പ്രകാശത്തിലൂടെയാണ് രൂപത്തെ അറിയുന്നത് ബോധത്തിലൂടെയാണ് രൂപത്തെ അറിയുന്നത് അത് സ്വയം അതിനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർ പുഷ്പം വികസിക്കുമ്പോൾ ബന്ധത്തെ പുറപ്പെടുവിക്കുന്നു ബന്ധം എന്ത് ചെയ്യുന്നു പുഷ്പത്തിന്റെ സാന്നിധ്യത്തെ അത് സ്വയം പ്രകാശിപ്പിക്കുക അത് പുഷ്പത്തിന്റെ സാന്നിധ്യത്തെ അറിയേണ്ട ആൾക്കാരുണ്ട് അവരെ അറിയിക്കുകയാണ് ഇതാ ഇവിടെ പുഷ്പമുണ്ട് അപ്പൊ ഗന്ധം എന്താണ് ചെയ്യുന്നത് ആ ഗന്ധം ചെയ്യുന്നത് പുഷ്പത്തിന്റെ യാഥാർത്ഥ്യത്തെ അതിന്റെ വാസ്തവത്തെ പ്രകാശിപ്പിക്കുക ചെയ്യും അതറിഞ്ഞുകൊണ്ടല്ലേ അവിടെ വണ്ടുകള അതുപോലെ ഒരു വിഷയം ഞാനുണ്ടാകുമ്പോൾ അത് പ്രതിബോധവിരുതമെന്ന് പറയുന്നിടത്ത് അത് പറയും ഒരു വിഷയത്തിന്റെ ഞാനുണ്ടാകും രൂപ രസഗന്ധസ്പർശ ഞാനുണ്ടാകുമ്പോൾ അവിടെയെല്ലാം എന്തു ചെയ്യുന്നു ആത്മാവ് സ്വന്തം അസ്തിത്വത്തെ പ്രകടമാക്കുകയാണ് അത് സ്വയം അനുഭൂതമാകുകയാണ് ചെയ്യുന്നത് സ്വയം അത് പ്രകാശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആത്മസാന്നിധ്യത്തെ അത് പ്രകാശിപ്പിക്കുകയാണ് അത് ഇന്ദ്രിയങ്ങൾക്ക് പ്രാണന് മനസ്സിനെയൊക്കെ സ്വന്തം സാന്നിധ്യത്തെ പ്രകാശിപ്പിക്കുകയാണ് രൂപജ്ഞാനത്തിലൂടെ ആത്മചൈതന്യമാണ് പ്രകാശിക്കുന്നത് മറ്റൊന്നും പ്രകാശിക്കാനില്ല ഓരോ ജ്ഞാനത്തിനും എന്താണ് ഇത് സ്വയം പ്രകാശിക്കുന്നതാണ് എന്ന് പ്രകാശിപ്പിക്കുക ഓരോ ഇരുട്ടിനെ മാറ്റുമ്പോഴും വെളിച്ചം സ്വയം പ്രകാശിക്കുക ഇരുട്ടിനെന്തിനാണ് വെളിച്ചം മാറ്റുന്നത് വെളിച്ചത്തെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇരുട്ടിനെ നമ്മൾ അറിയുന്നുണ്ടോ ഇല്ല ഇരുട്ടിനെ മാറ്റിയിട്ടാരെങ്കിലും ഇരുട്ടിനെ അറിയൂ ഇല്ല പക്ഷെ വെളിച്ചത്തിൻ്റെ ജോലിയാണ് ഇരുട്ടിനെ മാറ്റുക ഇരട്ടിനെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുന്നത് വെളിച്ചത്തെ അറിയുന്നു മറ്റൊന്നിനി അതാണ് വെളിച്ചത്തിന്റെ സ്വയം പ്രകാശം അതുപോലെ രൂപഗ്രഹണമായാലും രസഗ്രഹണമായാലും സ്പർശഗ്രഹണമായാലും സർവത്ര ആത്മപ്രകാശം സ്വയം പ്രകാശിക്കുകയാണ് അതാണ് ഇവിടെ പറയുന്നത് ഉദാഹരണത്തിനോട് രൂപപ്രകാശിത ചക്ഷുഷോ യദ്ഗ്രഹണ അവനാ രൂപത്തെ പ്രകാശിപ്പിക്കുന്നതിനുള്ള ആ കഴിവ് തത് ആത്മചൈതന്യ അധിഷ്ഠിത ആത്മചൈതന്യ അധിഷ്ഠിതമായ ചക്ഷത്തിനാണ് അവിടെ ആ രൂപപ്രകാശനത്തിൽ ആത്മാവ് നിർബാധമായി പ്രകാശിക്കും ഒരു തടസ്സവും കൂടാതെ പ്രകാശിക്കുന്നു സ്വയം പ്രകാശിക്കുന്നു അവിടെ ആത്മാനുഭവം തന്നെ അത് തന്നെ ആത്മാനുഭവം എന്ന് പറയുന്നു പ്രതിബോധവിരുദ്ധം എന്ന് പറയുന്നത് അത് തന്നെയാണ് ഈ ആത്മാനുഭവം എന്ന് പറയുന്നത് പ്രകാശം പോലെ പ്രകാശം ഇരട്ടിനെ നശിപ്പിച്ചാൽ പിന്നെ പ്രകാശത്തിൽ കണ്ടുപിടിക്കേണ്ടതായിട്ടൊന്നുമില്ല പ്രകാശം മറ്റൊന്നും കണ്ടെത്തുന്നുമില്ല പ്രകാശം പിന്നെ പ്രകാശത്തെ കുറിച്ച് നമുക്ക് എന്താ പറയാൻ പറ്റുമോ അത് സ്വയം പ്രകാശിക്കുന്നു പിന്നെ പ്രകാശിപ്പിക്കാൻ മറ്റൊന്നുമില്ല അതുപോലെ തന്നെ വിഷയഗ്രഹണത്തിൽ ഗ്രഹണം അല്ലെങ്കിൽ ആത്മസ്ഫുരണം സ്വയം പ്രകാശിക്കുന്നു ആ സ്ഫുരണം തന്നെയാണ് ഇവിടെ ആത്മാനുഭവം എന്ന് പറയുന്നത് ആത്മാനുഭൂതി എന്ന് പറയുന്നത് ആ തന്നെയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല കാരണം എന്തുകൊണ്ട് പ്രതീക്ഷകൾ അവസാനിക്കുന്നിടത്തെയ അതിന്റെ പ്രകാശം ഉണ്ടാകട്ടുള്ളൂ അതിൻ്റെ ഭാഷകാരൻ ആവർത്തിച്ചാർത്തി ഏഷണാത്യാഗം ഏഷണാത്യാഗത്തിലാണ് സംഭവിക്കുന്നത് അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നാണ് നമ്മൾ നേടുന്നതെങ്കിൽ നമ്മളുടെ പ്രതീക്ഷ വളരെ തുച്ഛമായതുപോലെ തന്നെ നമ്മൾ നേടുന്നതും വളരെ ക്ഷുദ്രമായി ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല അത് നമ്മൾ നമ്മൾ സങ്കല്പിക്കുന്നതല്ല നമ്മുടെ ഭാവനയിലുള്ളതല്ല ഈ സ്വാതന്ത്ര്യം മോക്ഷം ആത്മാനുഭൂതി എന്നെല്ലാം പറയുന്നതൊന്നുമല്ല നമ്മുടെ ഭാവനയിലോ നമ്മുടെ പ്രതീക്ഷയിലോ ഒന്നുമുള്ളതല്ല പ്രതീക്ഷയിലൂടെ എത്തിച്ചേരുന്നതുമല്ല പ്രതീക്ഷയിലൂടെ നേടിയെടുക്കാവുന്നതു അത് സ്വയം പ്രകാശിക്കുന്നതാണ് അത് അനുഭൂതി സ്വരൂപവുമാണ് പിന്നെ ഇതെല്ലാം ഇത്രയുള്ളൂ അപവാദം അതിനുള്ള അധ്യാരൂപങ്ങൾ നമ്മൾ നിഷേധിക്കുന്നു നമ്മൾ കരുതുന്നു അത് പ്രതീക്ഷയാണ് പ്രതീക്ഷയിലൂടെ നേടിയെടുക്കേണ്ടതെന്ന് പറയുമ്പോൾ അതിനെ നിഷേധിക്കുന്നു അത്രേ സംഭവിക്കുന്നുള്ളൂ അതാണ് തത് ആത്മചൈതന്യ അധിഷ്ഠിത സേവ ചക്ഷു സഹ ചക്ഷു അത് ചക്ഷു ഇന്ദ്രിയത്തിൻ്റെ ചക്ഷു ആയിരിക്കുന്നു ആത്മചൈതന്യ അധിഷ്ഠിതമാണ് ഈ പ്രകാശം ഈ രൂപഗ്രഹണം സംഭവിക്കുന്നത് ആ രൂപഗ്രഹണത്തിലുള്ള ആ ഗ്രഹണം അതുതന്നെയാണ് ആത്മാവിന്റെ യഥാർത്ഥമായ രൂപം അതുതന്നെയാണ് ആത്മപ്രകാശം അതിൽ അപവദിക്കേണ്ടതിന് നിഷേധിക്കേണ്ടതിന് നിഷേധിച്ചാൽ മതി എന്നുള്ള കാര്യമാണ് അവിടെ ഭാഷകാരൻ വ്യക്തമാക്കുന്നത് മനസ്സോ മനോയത് ചോ വാചൻ സവപ്രാണ ചുഷ ചുരതിമുച്ചധീരാസ്മാോകാമി